ഭഗവാൻ ശ്രീ ശ്രുതി ശ്രുതി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 अपानो व्यानो ണീയേ പ്രണയനീയ പ്രാണ യുച്ഛ്വാസനിശ്വാസോ എതോ ആഹൂതി സമന്യതീതി സമാന മനോഹാവയജമാന ഇഷ്ടമേവ സേനം യജമാനം അഹർ അഹർ ബ്രഹ്മ ഗമയത്തി ാണന്മാര് യാഗാഗ്നികൾ എന്ന് പറയും യാഗത്തിൽ ഉപയോഗിക്കുന്ന അഗ്നികൾ അതും ഇവിടെ സുഷുതയെ കുറിച്ച് നിരൂപണം ചെയ്യുന്നു സുഷുദ്ധയിൽ പ്രാണന്മാർ ഉണർന്നിരിക്കുന്നു ഇന്ദ്രിയങ്ങളും മറ്റും വിലയിച്ചിരിക്കുമ്പോഴും പ്രാണന്മാർ ഉണർന്നിരിക്കുന്നു അപ്പൊ അവിടെ എന്താ എങ്ങനെയാണോ ജാഗ്രത അഗ്നികളെ ഉപയോഗിച്ച് യജമാനൻ അഗ്നിഹോത്രം ചെയ്യുന്നതുപോലെ മനസ്സാകുന്ന യജമാനൻ സുശുദ്ധിയിലും അഗ്നിഹോത്രം നടത്തുകയാണ് മനസ്സോട് നടത്തുന്നു എന്ന് വിദ്വാൻ ഞാനി യെ കാണും എന്നോത്ര സ്ഥാനമായി കാണും ഇത് വിദ്വാന് സുഷുതയെ കുറിച്ചുള്ള അറിവാണത് അതിൽ ഗർഭപത്യാഗ്നി മുഖ്യമായിട്ടുള്ളത് അതാണ് അപാനൻ ആഹവിനീയാഗ്നി ഹവനം ചെയ്യുന്നത് അത് പ്രാണനാണ് പിന്നെ ദക്ഷിണാഗ്നി അതിനോഹാര്യ ഭജനൻ എന്നും പറയും അത് വ്യാനനാണ് ഇതാണ് പറഞ്ഞത് അത്രജോത അഗ്നിഹോത്രച്ഛ്വാസ നിശ്വാസവും അഗ്നിഹോത്രാഹൂതൗ ഇവ നിത്യം ശരീരസ്ഥിഭാവാസ്ഥാനോഹു കോസു സനുഹോ ഹോമം ചെയ്യുന്നവനാണ് ഹോമ ഹോതാവ് എന്ന് പറയുന്നത് ഈ ഹോമം ചെയ്യുന്നവന് ഹോതാവ് എന്ന് പറയുന്നു ഇപ്പോൾ ഈ അഗ്നിഹോത്ര ഹോമം ചെയ്യുന്നവരാണ് അഗ്നിയിൽ ആഹൂതികളെ സമർപ്പിക്കുന്നവനാണ് ഹോതാവ് അതാണ് അത്ര ജഹോ അഗ്നിഹോത്ര ഉച്ഛാസാസോ ഏതോ ആഹൂതി സ്മാ അതിന്റെ അർത്ഥം പറയുന്നു സമാനാണ് ഹോതാവ് എന്തുകൊണ്ട് പ്രാണവ്യാപാരങ്ങൾ സുഷൃത്തിയിൽ അതാണല്ലോ ആ ശരീരത്തിൽ കാണുന്നത് ഇത് എന്താണ് അഗ്നിഹോത്ര ആഹൂതി ഇവ അഗ്നിഹോത്രാഹൂതികളെ പോലെ അഗ്നിഹോത്രത്തിൽ ഈ ആഹൂതികളങ്ങോട്ട് സമർപ്പിക്കുന്നത് പോലെ ഉച്ഛാസനിശ്വാസങ്ങളോടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അത് നിത്യം സദാ അത് നിലയ്ക്കുന്നില്ല അവസാനിക്കുന്നില്ല സദാ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിത്വസാമാന്യദേവ ആഹൂതി എന്നെന്തുകൊണ്ട് പറഞ്ഞു അഗ്നിഹോത്രത്തിന് രണ്ടാഹൂതിയുണ്ട് ഇവിടെയും അതുപോലെ രണ്ടാഹൂതികളുണ്ട് അത് സമനതി എന്ന് പറയുന്നത് സാമ്യന ശരീരസ്ഥിതി ഭാവായ നയതി ഇത് എന്തിനാ ഇത് ഇങ്ങനെ ചെയ്യുന്നത് പറയുന്നത് ശരീരസ്ഥിതിക്ക് വേണ്ടി ആവിസ് ഇടക്കിടക്ക് അഗ്നിയിലേക്ക് ഇടുന്ന എന്തിനാ അഗ്നിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ ഈ പ്രാണനെ ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയ നല്ല ശരീരം നിലനിർത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ ഹോതാവ് സമാനൻ ഈ ഹവിസർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരസ്ഥിതിമാ ഭാവായ ശരീരം നിലനിർക്കുന്നതിന് ശരീരം പതിച്ച പോവും അഗ്നിസ്ഥാനിയോ വിഹോത്ത അതും അഗ്നികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആണെങ്കിലും അതിവിടെ ഹോതാവായിരിക്കുന്നു യാഗത്തിൽ ഹോതാവ് വേറെ അഗ്നി വേറെ ഇവിടെ അങ്ങനെയല്ല അഗ്നികളിൽ ഒന്ന് തന്നെ ഹോതാവായി മാറി സമാന ആഹൃത്യോ നേതൃത്വ അഹുതികൾ അങ്ങനെ സമർപ്പിക്കുന്നത് കൊണ്ട് അതിനെ ഹോതാവ് എന്ന് പറയും സമാന ഇതിവിടെ ഇങ്ങനെ പറയുന്നത് ഒരു ഉപാസനക്ക് വേണ്ടി സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിട്ടാണ് ഓ തത്വജ്ഞാനത്തിന്റെ പ്രവണനത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപാസന മറിച്ച് അതച്ച വിദുഷ സ്വാപോ അപ്പി അഗ്നിഹോത്രഹവനമേവ തസ്മാൻ വിദ്വകർമ്മീത്യവം മന്ദവീത്യഭിപ്രായുഷ ഒരു വിദ്വാനെ സംബന്ധിച്ച് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് തത്വത്തെ അറിയുന്നവനാണ് എന്ന് ബ്രഹ്മ ഗമയ താൻ എന്നും ബ്രഹ്മത്തെ പ്രാപിക്കുകയാണ് എവിടെ സുഷു അവനെ സംബന്ധിച്ച് സോപ്പോ അഭി അഗ്നിഹോത്ര അവനെ സംബന്ധിച്ചിടത്തോളം ഉറക്കവും അഗ്നിഹോത്ര ഭവനം തന്നെ അവിടെയും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു അഗ്നിഹോത്രത്തിന്റെ ആവശ്യമുണ്ട് പോലും അതാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ വേറിട്ടൊരു അഗ്നിഹോത്രം എന്താണ് അതാണ് അപി എന്ന് പറഞ്ഞു ഉറപ്പം കൂടി അഗ്നിഹോത്രമാണ് സുഷൃത്തിയിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അകർമ്മി സാധാരണ ഭാഷകാരൻ പറയുന്നത് എന്താണ് സർവകർമ്മ സന്യാസി എല്ലാ കർമ്മങ്ങളും തത്വജ്ഞാനത്തിൽ ത്യജിക്കുന്നു എന്നല്ല എന്നൊക്കെയാണ് പക്ഷെ അതുകൊണ്ട് വിദ്വാൻ സർവകർമ്മ ത്യാഗിയാണെന്നാണ് പറയുന്നു അഗനവിദ്വാൻ കാണുന്നു എന്നർത്ഥം അതുകൊണ്ട് തസ്മ വിദ്വാൻ കർമ്മി വിദ്വാന കർമ്മി അല്ല വിദ്വാനിൽ സദാ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഷുത്തിയിൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ഈ അഗ്നിഹോത്രം നടക്കുന്നുണ്ട് അപ്പൊ വിദ്വാനെ സംബന്ധിച്ച് സഹജമായി നടക്കുന്ന ഈ അഗ്നിഹോത്രം അല്ലാതെ പിന്നെ മറ്റൊരു അഗ്നിഹോത്രത്തിന്റെ ആവശ്യമില്ല എന്തെന്നാ ഇവിടെ അഗ്നിഹോത്രം ചെയ്യുന്നത് സ്വർഗത്തിൽ പോവാൻ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഈ അഗ്നിഹോത്രം നടക്കുന്നു സദാഹ എന്നും വിദ്വാൻ സ്വർഗത്തെ പ്രാപിക്കുന്നു ആ സ്വർഗം എന്താണ് നശിക്കുന്ന സ്വർഗമല്ല ബ്രഹ്മ ബ്രഹ്മമാകുന്ന സ്വർഗത്തെ പ്രാപിക്കുന്നു അത് പിന്നെ വേറിട്ടൊരു അഗ്നിഹോത്രത്തിന്റെ ആവശ്യമുണ്ട് വിദ്വാനെന്നും ്രഹ്മത്തെ പ്രാപിക്കുന്നു സർവദാ സർവാണി ഭൂതാനി വാചനത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർവപ്രാണികളും വിദ്വാനെ കുറിച്ച് മാത്രമല്ല പറയൂ സർവപ്രാണികളും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അഗ്നി ചയനം സർവപ്രാണികളും അതിൽ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളും അത് ഈ അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നുവെന്ന് പറയുന്നു വാക്ചിത പ്രാണസ്ഥിത ചക്ഷസ്ഥിത എന്നിങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും കാര്യം പറയും ഈ ഹവനം വാക് അനുഷ്ഠിക്കുന്നു പ്രാണൻ അനുഷ്ഠിക്കുന്നു ചക്ഷേന്ദ്രിയെന്ന് വെച്ചാൽ അതാത് ഇന്ദ്രിയങ്ങളിൽ അതാത് പ്രവൃത്തികൾ ചെയ്യുന്നത് തന്നെയാണ് ഹവനം എന്ന് പറയുന്നു അത് ഒരു ശരീരത്തിൽ ഇന്ദ്രിയങ്ങളിലേക്ക് മാത്രമല്ല സർവപ്രാണികളും ഇത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും ജാഗ്രസ് उपसंहृत बाह्यक अग्निहोत्र फलि जिगमशु कार्यकर् प्राधान्य सव्यवराव ब्रह्म प्रदी प्रस्थित मन कल्य അവിടെ യാഗത്തിനൊരു യജമാനം വേണം ഇവിടെ ആരാണ് യജമാനൻ മനസ്സാണ് എങ്ങനെ അത്ര ഈ ജാഗ്രാണാൻ അവിടെ പ്രാണന്മാരെല്ലാം ഉണർന്നിരിക്കുന്നു സുശക്തിയില് ഉപസംഹൃത്തിയ ബാഹ്യകർണി ബാഹ്യകർണങ്ങളായ വിഷയങ്ങളെയല്ല അവിടെ ഉപസംഹരിച്ചു അതൊന്നും അവിടെയില്ല അഗ്നിഹോത്രോത്രത്തിന്റെ ഫലം സ്വർഗമെങ്ങനെ അതുപോലെ ബ്രഹ്മഗമിഷനോ മനസ്സിലാക്കി മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സ് ബുദ്ധി ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ജീവൻ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഷൃപ്തിയിലേക്ക് പോകുന്ന കാര്യം പറയുകയാണ് സുഷൃത്തിയിലേക്ക് പോകുന്നതിനുള്ള മനസ്സിന്റെ തയ്യാറെടുപ്പാണ് ആദ്യ ബാഹ്യകരണങ്ങളോടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു ഇപ്പോൾ വിഷയങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു പിന്നെ ശേഷിക്കുന്നത് ആ ജീവൻ പ്രാണസഹിതനായിരിക്കുന്ന ജീവനാണ് പ്രാണൻ മനസ്സ് ഈ ഉപാധികളോടുകൂടിയിരിക്കുന്ന ആ ജീവനാണ് ജീവന് പിന്നെ വേണ്ടത് എന്താണ് ബാഹ്യവ്യാപാരങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ അവിടെ ജാഗ്രത അവസാനിപ്പിക്കുന്നു ജാഗ്രത അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിലേക്ക് കടക്കാതെ നേരെ സുസൃതിയിലേക്ക് പോകണം അതാണ് സ്വഭാവ യജമാനോ ജാഗ്രതി അത് മനസ് ഉണർന്ന് മനസ്സുണർന്നു പറഞ്ഞാൽ എന്താണ് മറ്റ് പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്നാലും ആ ജീവൻ നശിക്കുന്നില്ല പോകാൻ ഒരാൾ വേണ്ടേ ആരാ പോകുന്നത് ആണ് അവിടെ പറഞ്ഞ പ്രാണബന്ധനം ഹി സൗമ്യം മനസ് എന്നു പറഞ്ഞതാണ് അപ്പോൾ ആ ജീവൻ കേവലം ജഡമായ മനസ്സ് അങ്ങനെ ഒന്നിന് സഞ്ചരിക്കാൻ കഴിയത്തില്ല ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ കഴിയത്തില്ല അപ്പോൾ മന ബുദ്ധിയാകുന്ന ഉപാധിയോടു കൂടിയിരിക്കുന്ന പണം പോക്ക് വരവ് ഇതെല്ലാം ബുദ്ധിയുടെ ബുദ്ധിയില്ലാതൊന്നും സംഭവിക്കത്തില്ല പക്ഷെ അവിടെ ബാഹ്യബോധമെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ മനസ്സിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളു എന്താണ് മനസ്സെന്ന് പറഞ്ഞാൽ ആ ജീവന് ബ്രഹ്മത്തെ പ്രാപിക്കുക അതുകൊണ്ട് യജമാനവ് ജാഗ്രതി യജമാനവ് കാര്യകരണേഷു പ്രാധാന്യ സമ്മ്യവഹാര അപ്പോൾ അവിടെ മനസ്സ് ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രത് ഉണർന്നാ മനസ്സുണർന്ന ജാഗ്രതായി എങ്ങനെയാണ് യജമാനൻ എല്ലാ കാര്യങ്ങളിലും ഊർജ്വസ്വലമായി പ്രവർത്തിക്കുന്നത് കാര്യകരണങ്ങളിലെല്ലാം വളരെ വൃത്തികളെ കൊണ്ടുവരുക യാഗത്തിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരിക പിന്നെ അവിടെ തൻ്റെ ജോലികൾ ചെയ്യുക അത് അങ്ങനെ സ്വർഗത്തെ പ്രാപിക്കുക എന്നതുപോലെ ഈ ജീവൻ മനസ്സാകുന്ന ഉപാധിയോടുകൂടി ഈ ജീവൻ അവിടെ പ്രധാനയാളാകുന്നു എന്തിനു വേണ്ടി ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിന് ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിനു വേണ്ടി സ്വർഗമാകുന്ന ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഈ അസ്വഷ്ടെക്കുറിച്ച് പറയണം ജിഗമിഷു എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവനെ കുറിച്ച് പറയണം അസുഷ്ടെത്തി കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല അവിടെ തന്നെ ജീവഭാവം നേരിട്ട് നിൽക്കുന്നില്ല പക്ഷെ അങ്ങോട്ട് പോകാനൊരു തയ്യാറെടുപ്പുണ്ട് അതിനെക്കുറിച്ച് പറയണം അപ്പത് ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്ന അതിന്റെ പ്രാധാന്യം കൊണ്ട് പറയുന്നു ആ സമയത്ത് മറ്റാർക്കും ഒരു പ്രാധാന്യവുമില്ല അജീവനാണ് ആ പ്രാധാന്യം സ്വർഗമിവ ബ്രഹ്മപ്രതി പ്രസ്ഥിതത്വ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു പുറപ്പെട്ടു എവിടേക്കാണ് പോകുന്നത് ബ്രഹ്മ പ്രതി ബ്രഹ്മത്തിലേക്ക് എന്നുവെച്ചാൽ അത് അതിനൊരു ക്രമം ഉണ്ടെന്ന് പറയുകയാണ് നമ്മുടെ അനുഭവത്തിൽ എന്താണ് ശരി പെട്ടെന്ന് ജാഗ്രതയിലിടിക്കുന്നു എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും അവസാനിക്കുന്നു ഒന്നും അറിയുന്നില്ല അപ്പം അതൊക്കെ സുഷ്ടിയെ ഇത്തിച്ചേ പിന്നെ ഒന്നും അറിയുന്നില്ല പക്ഷെ അവിടെ ജീവന ചില തയ്യാറെടുപ്പുകളുണ്ട് ആദ്യം ബാഹ്യപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു ആ ബാഹ്യപ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുമ്പോൾ പിന്നീട് നടക്കുന്നതെന്നും തനിക്ക് അറിയാൻ കഴിയുന്നില്ല ബാഹ്യമായ അറിയാൻ കഴിയുന്നില്ല ഉടനെ അവിടെ യാത്ര ആരംഭിച്ചു ബ്രഹ്മത്തിലേക്ക് താൻ എവിടെ നിന്നാണോ താൻ സ്ഫുരിച്ച് ഉയർന്നു വന്നത് ആ സ്ഫുരണം അവിടേക്ക് തന്നെ അങ്ങ് വിലയിക്കുന്നു ഏകീഭവിക്കുന്നു യജമാനോ മനകല്പര്യ മനസ്സിനെ യജമാൻ എന്ന് പറഞ്ഞത് മനസ്സാകുന്ന ഉപാധിയോടുകൂടിയ ജീവൻ എന്ന് പറയുന്നത് ആത്യന്തികമായി അവിടെ ഭാഷകാരൻ മറ്റു സ്ഥലങ്ങളൊക്കെ പറഞ്ഞതാണ് ഈ തത്വം മസി അഹം ബ്രഹ്മസ്മി എന്ന വാക്യങ്ങളിൽ പറയുന്ന ജീവ ബ്രഹ്മ ഏകത്വം അത് സഹജമായി അവിടെ സംഭവിച്ചിരിക്കുന്നു ജീവൻ ഒരു പൃഥഗ്ഭാവം ജീവനവിടെ വേറിട്ട് നിൽക്കുന്നുണ്ടോ ഇനി അതാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ യാഗവുമായി ബന്ധപ്പെടുത്തി ഒന്നുകൂടി പറയുന്നു ഇഷ്ടഫലം യാഗഫലം ഉദാനുവായു ഉദാന വായു ആണിവിടത്തെ യാഗഫലം അതെങ്ങനെയാ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നേരിട്ട് പറയുകയല്ല ഉദാന നിമിത്തത്വാദിഷ്ടഫലപ്രാപ്തി ഇവിടെ അത് ഉദാനന യാഗഫലമെന്ന് പറയുന്നത് ഉദാന ഫലമായതുകൊണ്ടല്ല ആ ഫലത്തെ പ്രാപിക്കുന്നതിനുള്ള നിമിത്തമാണ് ഉദാനൻ അതുകൊണ്ട് ഉദാന നിമിത്തത്വം ഇഷ്ടഫലപ്രാപ്തി എങ്ങനെ ഇവിടുത്തെ ഇഷ്ടഫലപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മപ്രാപ്തി തന്നെ ജീവപര ഏകത്വം എന്ന് സാധാരണ പറയുന്നത് അതിവിടെ സംഭവിച്ചു കഴിഞ്ഞ സുഷൃത്തി പക്ഷെ ഉദാനനാണ് ഒരു നിമിത്തം എങ്ങനെയാണ് കഥ എങ്ങനെ സൗദാനോ മനാഖ്യം യജമാന സ്വപ്നവൃത്തിരുപാതപി പ്രച്ഛരഹ സുഷുദ്ധികരം ഗമേതി പറയുന്നു സ ഉദാനൻ കാരണം ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നതിന് പ്രാണൻ വേണോ പ്രാണൻ ഉണ്ടായിരുന്നാലേ ഉറങ്ങാൻ പറ്റും ഈ ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിക്കും അപ്പോ അതിൽ ഉദാനന്താണ് ചെയ്യുന്നത് മന അഖിം യജമാനൻ മനസ്സെന്ന് പറഞ്ഞ യജമാനെ മനസ്സെന്ന് പറയുന്ന ഉപാധിയോടു കൂടിയിരിക്കുന്ന ആ ജീവചൈതന്യത്തെ സ്വപ്നവൃത്തി രൂപാത വിപ്രഖ്യാവ്യ സ്വപ്നത്തിലോട്ട് കടക്കാതെ അതിന്നും മാറ്റി മനസ്സു നേരെ സ്വപ്നത്തിലോട്ട് പോയാലോ അത് സംഭവിക്കാം ബാഹ്യകരണങ്ങളെല്ലാം വിലയിച്ചു ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം അവസാനിച്ചു രണ്ടു വഴിയാണ് വേണമെങ്കിൽ സ്വപ്നത്തിലേക്ക് പോകാം അല്ലെങ്കിൽ സുഷുതിയിലേക്ക് പോകാം ഉദാനൻ എന്ത് ചെയ്യുന്നു അവിടെ ആ സ്വപ്നത്തിലേക്ക് കിടക്കാതെ ശ്രദ്ധിക്കുന്നു ഇപ്പൊ ഉദാനന്റെ പിടുത്തം ശക്തി ബലം കുറയുമ്പോഴാണ് നേരെ സ്വപ്നത്തിൽ പോകുന്നു എന്നിട്ട് സുഷുതിയിലെത്താൻ കഴിയാതെ സ്വപ്നത്തിന് വീണ്ടും ജാഗ്രത സമാനമായി ആ ജീവൻ ആ പ്രാണബന്ധനത്തെ വിട്ടിട്ട് ബ്രഹ്മബന്ധനത്തെ വിട്ടിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും സംസാരിക്കാവുന്നു പക്ഷെ അതങ്ങനെ പോകാതെ സഹായിക്കുന്ന ആളാണ് ഉദാനൻ എന്ന് പറയുന്ന പ്രാണൻ അതെന്ത് ചെയ്യുന്നു സ്വപ്നവൃത്തി രൂപ അഭിപ്രായ ആ സ്വപ്നത്തിൽ നിന്നും അവനെ പിടിച്ചുമാറ്റി അഹരഹ സുശക്തികാലേ അഹരഹ സുശക്തികാലത്തിൽ എന്നും എന്നും ദിവസം സംഭവിക്കുന്നു ഒരു ദിവസം എത്രയോ തവണ സംഭവിക്കുന്നു എന്തു ചെയ്യുന്നു സ്വർഗമിവ എങ്ങനെയാണോ അഗ്നിഹോത്ര അഗ്നിഹോത്രി സ്വർഗത്തെ പ്രാപിക്കുന്ന അതുപോലെ അക്ഷരബ്രഹ്മത്തെ അപരബ്രഹ്മത്തെ അല്ല പരബ്രഹ്മത്തെ തന്നെ ആ പരബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എപ്പോ സുഷുതി കാലത്തിൽ ഇവിടെ വ്യക്തമായി പറയുന്നു അവിടെ ബ്രഹ്മപ്രാപ്തി എന്നുവെച്ചാൽ ബ്രഹ്മപ്രാപ്തി എല്ലാ പ്രാണികൾക്കും സഹജമാണെന്നർത്ഥം ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ജീവസ്ഫുരണം ഉണ്ടാകുന്നത് സുഹൃത്തിയിൽ ആ ബ്രഹ്മത്തിൽ തന്നെ ആ ജീവസ്ഫുരണം വിനയം പ്രാപിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തി സദാ സർവ്വ ജീവന്മാരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ വ്യത്യാസം എന്താ അതറിയുന്നവൻ വിദ്വാൻ വിവാൻ അത് അറിയുന്നു ആ ബ്രഹ്മപ്രാപ്തിയെ അറിയുന്നവൻ ബ്രഹ്മത്തെ അറിയുന്നു അവൻ ബ്രഹ്മജ്ഞാനി അത് ആ ബ്രഹ്മജ്ഞാനത്തിന് സുഷൃത്തിയെ അറിഞ്ഞാൽ മതി പറയും പറഞ്ഞത് ആ വിദ്വത്തെ ഇവിടെ സ്തുതിക്കുന്നു ശ്വരി അവനാണ് വിദ്വാൻ എന്നു പറഞ്ഞിട്ട സ്തുതിക്കുകയാണ് യദ്യപ്യാരഹർ ബ്രഹ്മപ്രാപ്തിന്റെ യാഗസാധ്യഹിതനാപ്തേ പറയുന്നു ഈ സ്വർഗത്തിൽ പോകുന്നതിന് യാഗവും മറ്റും ചെയ്യും പക്ഷെ ബ്രഹ്മപ്രാപ്തിക്ക് യാഗത്തിന്റെ ആവശ്യമില്ല ഇതാണ് ഭാഷകാലം പറയുന്നതിന്റെ ഒരു താല്പര്യം എന്താണോ ഈ കർമ്മം കൊണ്ട് ഇതിനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്തുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാത്ത ഒരു വിധ പ്രാപിക്കുന്നു പിന്നെ കർമ്മം കൊണ്ടെങ്ങനെ ഇതിനെ പ്രാപിക്കുന്നു സർവപ്രാണികളും യാതൊരു കർമ്മവും കൂടാതെ തന്നെ ഇതിനെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ പിന്നെങ്ങനെ ഇത് കർമ്മപ്രാപ്തമാകുന്നു എന്ന് പറയുന്നു ആരാധർ ബ്രഹ്മപ്രാപ്തി യാഗസാധ്യം ഇത് യാഗസാധ്യമല്ല യാഗരഹിതാനാമപിത്തപ്രാപ്തി യാഗരഹിതന്മാർ അതിന് വൈദികനെന്നോ ലൗകികനെന്നോ ഒന്നുമില്ല പശുപക്ഷി എല്ലാത്തിനും ഇത് സാധ്യമാണ് ഈ ബ്രഹ്മപ്രാപ്തി തഥാപി ബ്രഹ്മണ ഏവ സർവയാഗഫലത്തിന് തത്പ്രാപക ഉദാന ശ്രേഷ്ഠ ഫലപ്രാപകത്വം അസ്തി പക്ഷേ എന്നാലും എന്താണ് സർവയാഗഫല രൂപം യാവാനർത്ഥബുദ്ധഭാനേ സർവതസമ്പ്രദോധി അവിടെ പറഞ്ഞല്ലോ അതുപോലെ സർവകർമ്മങ്ങളുടെയും ഫലമാണ് ബ്രഹ്മപ്രാപ്തി അത് ഒരു കർമ്മവും ചെയ്യാത്തവനുകൂടി സദാ പ്രാപ്തമാണ് പിന്നെ എന്തിനേ കർമ്മങ്ങൾ ചെയ്യണം ഒരു കർമ്മവും അറിയാത്തവന് സദാ ആഗ്രഹോത്രം അനുഷ്ഠിക്കുന്നു അവനിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വേറെ ഒരു അഗ്നിഹോത്ര അതാണിവിടെ പറയുന്നതിന് താല്പര്യം അതിനെ സഹായിക്കുന്നതാണ് ഉദാനൻ ഇത് പറയുന്നുണ്ട് ഈ സുഷുത്തി ഒന്ന് സ്വരൂപസ്ഥിതി ഒന്ന് മറ്റൊന്ന് ആ സ്വരൂപസ്ഥിതി താൻ സ്വരൂപസ്ഥിതനായിരുന്നിട്ടും പറയുന്നു പ്രാണന്മാരുൾപ്പെടെയെല്ലാം ആ ജീവഭാവം പൂർണമായും നശിച്ച് ആ ജീവന് മനസ്സ് പ്രാണൻ തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും അവസാനിച്ച് അത് കേവലമായ സ്ഥിതിയിൽ നിന്നിട്ടും വീണ്ടും അത് തിരിച്ചു വരുന്നു ജീവഭായവിടേക്ക് ഈ ശരീരത്തിലേക്ക് അങ്ങനെ ജാഗ്രത ജീവാത്മാ പരമാത്മ ഏകത്വമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഇവിടെ സ്പഷ്ടമായും പറഞ്ഞു സുഷൃതികാലെ ബ്രഹ്മാക്ഷരംഗമേധ അങ്ങനെ ബ്രഹ്മപ്രാപ്തി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് അത് ചിന്തിക്കുന്നത് എന്നാൽ ബ്രഹ്മത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയത്തില്ല അങ്ങനെ പറയുന്നു എന്താണോ സമാധി എല്ലാം ശീലിച്ച് പല സമാധികളും കടന്നു നിറവികൽപ്പ സമാധിയിലെത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ശരീരത്തിൽ വരുന്നില്ല ശരീരം നശിച്ചു പോകും എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇത് ഇവിടെ ഇപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നത് ബ്രഹ്മപ്രാപ്തിയാണ് സംഭവിച്ചത് തിരിച്ചു വരവ് സംഭവിക്കും ഇവിടെ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് ആ ബ്രഹ്മസ്വരൂപമാണ് ആ ബ്രഹ്മസ്വരൂപമാണ് ബ്രഹ്മപ്രാപ്തി എന്നുള്ള ബോധം അത് ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആ ബ്രഹ്മപ്രാപ്തിയെ കുറിച്ചുകൂടെ എന്ത് പറയുന്നു അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തി ഒന്നോ സമാധി എന്നോ എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ബ്രഹ്മസ്വരൂപത്തിൽ ബാക്കിയെല്ലാം പ്രാപിക്കുന്നു അതാണ് ബ്രഹ്മസ്വരൂപത്തിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി സമാധി എല്ലാം ആ ബ്രഹ്മസ്വരൂപത്തിൽ സംഭവിക്കുകയാണ് ബ്രഹ്മസ്വരൂപത്തിൽ ജാഗ്രതയിൽ എങ്ങനെ ഈ ജീവഭാവം ്രഹ്മം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായിട്ടും അവിടെ ഈ ജീവഭാവം ജാഗ്രത നൽകും അതേ സമയം അതേ ബ്രഹ്മം തന്നെ ഈ ജീവഭാവം കൂടാതെ നിർവിശേഷമായി സ്ഥിതി ചെയ്യുന്നു അത് സുഷുപ്തി ആ നിർവിശേഷത എന്ന് പറയുന്നത് സുഷുപ്തിയിൽ മാത്രമുള്ളൂ അനിർവിശേഷതെന്ന് പറയുന്നതിന് ജാഗ്രതത്തിലുമുണ്ട് ജാഗ്രതയിലില്ലാതിരുന്ന ഒരു നിർവിശേഷതയെ സുഷുതി പ്രാപിക്കുകയല്ല ജാഗ്രതത്തിലും അത് നിർവിശേഷമാണ് സുഷുതിയിലും നിർവിശേഷമാണ് പിന്നെന്താ വ്യത്യാസം ഇവിടെ ഈ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവൻ ബ്രഹ്മത്തിന്റെ നിർവിശേഷത അറിയുന്നത് അല്ലെങ്കിൽ ശ്രുതി ബ്രഹ്മത്തിന്റെ ആ നിർവിശേഷതയെ നമ്മളെ ബോധിപ്പിക്കുന്നതിന് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമാണ് സുശക്തി ആ വ്യത്യാസമേ നിർവിശേഷമായി തന്നെ ഇരിക്കും വാസ്തവത്തിൽ അതിൻ്റെ സ്വരൂപ സ്ഥിതി സ്ഥിതിക്ക് അവരുടെ ശ്രുതി സംഭവിക്കുന്നില്ല എങ്ങനെയിരിക്കും ഏതുപോലെയിരിക്കും ഒരു ദൃഷ്ടാന്തം വേണം ദൃഷ്ടാന്തെന്ന് പറയുന്നു അനുഭവത്തിൽപ്പെടുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തി അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുന്നു ആ നിർവിശേഷ ഇതുപോലെ ഇരിക്കും എന്താണ് അവിടുത്തെ വിശേഷത അവിടെ ബാഹ്യ കരണവ്യാപാരങ്ങളെല്ലാം അസ്തംഭിച്ചിരിക്കുന്നു വിഷയബോധം കൂടാതെയിരിക്കുന്നു അതാണ് ആ സ്വരൂപസ്ഥിതി എന്നാൽ അത് സത്തായും ചിത്തായും ആനന്ദമായും അവിടെ താൻ അവശേഷിക്കുന്നു അതാണ് സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് ഈ സ്വരൂപസ്ഥിതിക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല പക്ഷേ സ്വരൂപസ്ഥിതിയുടെ ബോധത്തിന് ഈ അവസ്ഥകളും ഈ അവസ്ഥകളെക്കുറിച്ചുള്ള വിശകലനം അതിനുവേണ്ട ഉപദേശങ്ങളും എല്ലാം ആവശ്യമാണ് അതിൽ നിന്നെല്ലാം എന്താണ് ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം ഇപ്പം ബ്രഹ്മബോധത്തിന് ഇതൊക്കെ ആവശ്യമാണ് ആ ബ്രഹ്മബോധം ഈ സ്വരൂപത്തെക്കുറിച്ച് ആ സ്വരൂപത്തിൻ്റെ മുക്തിയെക്കുറിച്ച് എല്ലാം ഉള്ള ഭ്രാന്തികൾ അല്ലെങ്കിൽ ബോധശൂന്യത്തെയെ നശിപ്പിക്കുന്നു അതാണ് ഇവിടെ അത്രയൊരു ബോധം ആവശ്യമായി വന്നത് അപ്പൊ താൻ സ്വരൂപസ്ഥിതനായിരുന്നിട്ടും ഈ ജാഗ്രത്തിൽ അതറിയുന്നില്ല അതറിയാത്തുകൊണ്ട് താൻ സ്വയം തന്നെ ജീവനായി ഭ്രമിച്ച് ജനന മരണം ബന്ധം മോക്ഷം തുടങ്ങിയ വ്യവഹാരങ്ങളെ ഏർപ്പെടുത്തും അവിടെ ബോധിപ്പിക്കുന്നു ഇതാണ് നിന്റെ സ്വരൂപസ്ഥിതി അത് ജാഗ്രതത്തിൽ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമായിരിക്കുന്ന ഈ അവസ്ഥയിൽ അത് സ്വരൂപം എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതങ്ങനെയാണെങ്കിലും മനസ്സ് ബഹിർമുഖമായി പോയി അപ്പോൾ മനസ്സ് ബഹിർമുഖമല്ലാത്ത സുഷപ്തിയെക്കുറിച്ച് കാണും അത് കാണിക്കുന്നത് അവിടെ നീ സ്വരൂപസ്ഥിതനാണ് അതാണ് എൻ്റെ സ്വരൂപം അപ്പൊ ഈ ബോധത്തിൽ തന്നെ കുറിച്ചുള്ള ഭ്രാന്തി എല്ലാം അവിടെ അവസാനിക്കും അതിനുവേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ആ സുഷുപ്തി ആത്മനിഷ്ഠമായി ബോധിപ്പിക്കും അസ്വരൂപസ്ഥിതിയാണ് പക്ഷെ സുഷുപ്തി തൻ്റെ അനുഭവമാണ് പരൻ്റെ അനുഭവമാണ് അപ്പം അവിടെ താൻ കാണുന്ന എന്താണ് ആ സുഷുപ്തനായവൻ ഉറങ്ങിക്കിടക്കുന്നവൻ അവൻ്റെ ശരീരത്തെ അവൻ്റെ ബാഹ്യരൂപത്തെയാണ് കാണുന്നത് അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നതായി കാണുന്നു അവൻ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതായി കാണുന്നു വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നതായി കാണുന്നു സുഷൃത്തിയിൽ സ്വരൂപസ്ഥിതിയാണെങ്കിൽ ഈ പോക്കും വരവും എങ്ങനെ സംഭവിക്കുന്നു അതിനൊരു സമാധാനം പറയും നിറവികൾ സമാധിപ്പോയാൽ തിരിച്ചു വരാൻ പറ്റില്ലെന്ന് പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ പൂർണമായ ബ്രഹ്മപ്രാപ്തിയാണ് പക്ഷേ അനായാസമായി തിരിച്ചു വരുന്നു അത് അവിടെ പറഞ്ഞെന്താണ് സിംഹവ വ്യാഘ്രോവാ മസകോവാ സിംഹം പോയാൽ സിംഹമായി തന്നെ വരുന്നു വ്യാഘ്രം പോയി ഞാൻ വ്യാഘ്രമായി തന്നെ വരുന്നു മസകം പോയാൽ അതായിട്ട് തന്നെ വരുന്നു ആരും അറിയുന്നുമില്ല സതിസമ്പദ് നവിദുഹു സതിസമ്പദ് മഹേ അതിൽ വിനയം പ്രാപിച്ചു പക്ഷെ താൻ അറിയുന്നില്ല താൻ ഇത്രയും സമയം സ്വരൂപസ്ഥിതനായിരുന്നു മറിച്ച് അറിവില്ലായ്മയോടുകൂടിയ വരുന്നു ഒന്നും അറിഞ്ഞില്ല വളരെ സുഖമായിരുന്നു അറിവില്ല അറിവില്ലായ്മയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ സ്വരൂപസ്ഥിതിയിൽ ഇതെല്ലാം എങ്ങനെ നിലനിൽക്കുന്നു ഈ അറിവില്ലായ്മയും പിന്നീട് ഇനി തത്വമൊക്കെ ശ്രമിച്ച അറിവുണ്ടാകുന്നു അതാണ് സ്വരൂപസ്ഥിതി ഇതെന്തിനെ ആശ്രയിച്ചു എന്ന് നൽകുന്നു അതിനാണിവിടെ സമാനം പറയുന്നത് ഈ ശരീരത്തെ ആശ്രയിച്ചു സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത് ജാഗ്രത തൻ സ്വരൂപസ്ഥിതനാണെങ്കിലും എങ്ങനെയാണോ ഈ സ്ഥൂലസൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചിട്ട് ബഹിർമുഖമായി വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് അതുപോലെ സുഷുതിയിലും സ്വരൂപസ്ഥിതനാണ് പക്ഷെ ഈ ശരീരത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് സ്ഥൂലസൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചു കൊണ്ട് അവിടെയും ചില വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അതാണ് ആ പ്രാണന വ്യാപാരം അതാണ് ആ പ്രാണന അവിടെ സൂചിക്കുന്നത് ബാക്കി എന്തെല്ലാം ആ സ്വരൂപം സ്ഥിതി ഒഴികെ ബാക്കി എന്തെല്ലാം ഉണ്ടോ അതല്ല ഈ ശരീരത്തെ ആശ്രയിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് അതിനാ സ്വരൂപമായിട്ട് ബന്ധമൊന്നുമില്ല സ്വരൂപം എന്ന് പറഞ്ഞാൽ നിത്യമുക്തമാണ് പലർക്കും തീർത്താൽ തീരാത്ത സംശയം അതാണ് സുഹൃത്തിയിൽ അങ്ങനെ ഇവിടെ ഇപ്പം പറയുന്ന എന്താണോ സുഹൃത്തികാലെ ബ്രഹ്മഗമേ സുഹൃത്തിയിൽ ബ്രഹ്മത്തെ പ്രാപിച്ചതെന്ന് പറയും അത് ശങ്കരാചാര്യർ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പ്രയാസമാണ് ശ്രുതി പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പ്രയാസം എന്തുകൊണ്ട് അങ്ങനെ ബ്രഹ്മത്തെ പ്രാപിച്ചാൽ തന്നെ അങ്ങനെ തിരിച്ചു വരാൻ കഴിയുന്നു എന്തിനെ ആശ്രയിച്ചാണോ ബ്രഹ്മത്തെ പ്രാപിക്കുന്നോ അതിനെ ആശ്രയിച്ച് തിരിച്ചു വരാം പോക്കും എന്തിനെ ആശ്രയിച്ച് ശരീരത്തെ ആശ്രയിച്ച് പോകുന്നു വരുന്നു എന്ന് പറയുന്നതെല്ലാം ശരീരത്തെ ആശ്രയിച്ചിട്ടുണ്ട് ആ സ്വരൂപത്തെ ആശ്രയിച്ച് ഇതൊന്നും സംഭവിക്കുന്നുണ്ട് അവിടെ മനസ്സിലാക്കണം താൻ സ്വരൂപസ്ഥിതനായിരുന്നിട്ടും ജാഗ്രത അജ്ഞനായിരിക്കുന്നു സ്വരൂപസ്ഥിതനായിരുന്നിട്ടും താൻ എനിക്ക് ജാഗ്രതയിലജ്ഞനായിരിക്കാമെങ്കിൽ അവിടെ സ്വരൂപസ്ഥിതനായിരുന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ ജാഗ്രതത്തിലേക്ക് വന്നുകൊണ്ട് എന്താ വ്യത്യാസം അപ്പോൾ ആ സ്വരൂപസ്ഥിതി അവിടെ മാത്രമല്ല മറിച്ച് അതൊരു വ്യക്തമായ ദൃഷ്ടാന്തം മാത്രമാണ് ഇവിടെയും അതാണ് ഈ ജാഗ്രതത്തിലും അതാണ് അപ്പോൾ സുഷൃത്തിയിലെ സ്വരൂപസ്ഥിതിയെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങൾ ചോദ്യങ്ങൾ വരുന്നോ അതെല്ലാം ഈ ജാഗ്രത്തിൽ വരാം രണ്ടിടത്ത് സമാധാനം ഒന്ന് തന്നെ ഈ ജാഗ്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ സമാധാനം തന്നെയാണ് സുഷൃത്തിയിൽ അതുകൊണ്ടാണ് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകുന്നത് എങ്ങനെ ശരി താൻ നിത്യശുദ്ധ മുക്തനായിരുന്നിട്ടും ഇവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അദ്വൈതി പറയുന്ന സമാധാനമാണ് അത് അജ്ഞാനം കൊണ്ട് അജ്ഞാനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചോദിക്കും അജ്ഞാനമോ എവിടെ സ്വപ്രകാശ് പുത്തോ വിദ്യ സ്വതപ്രകാശമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ എവിടെയാണ് അജ്ഞാനം ഉണ്ടാകില്ല തന്റെ സ്വരൂപത്തെ സ്വപ്രകാശമായി കാണുന്നവന് പിന്നെ അവിടെ ഇരുട്ട് കാണാൻ കഴിയില്ല അതെ ആദിത്യനൻ അന്ധകാരത്തെ കാണാൻ കഴിയത്തില്ല അപ്പോൾ ഒരുവൻ ഈ ജാഗ്രത്തിലെ തന്റെ സ്വരൂപത്തെ അങ്ങനെ പൂർണ്ണപ്രകാശമായാണ് അറിയുന്നെങ്കിൽ അവിടെ ഇരുല്ലേ അപ്പോ ഇതിന് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അജ്ഞാനം കൊണ്ട് അജ്ഞാനം കൊണ്ട് തന്നെ സംഭവിക്കുന്നു ശരി അജ്ഞാനം എവിടെ യുന്നു നിന്നെ തന്നെ എന്നെവിടെയാണ് ഞാനാരാണ് ഞാൻ സ്വയം പ്രകാശിക്കുന്ന ചൈതന്യമാണ് കേവല ജ്ഞാനസ്വരൂപനും കേവല ജ്ഞാനത്തിൻ്റെ അജ്ഞാനം അത് താൻ കേവല ജ്ഞാനസ്വരൂപനാണ് എന്നറിയുന്നിടത്ത് പിന്നെ അജ്ഞാനത്തിന് അങ്ങനെ അറിയണം റിയുന്നതുവരെ തനതറിയാതിരിക്കുന്നിടത്തോളം കാലം തന്നെ അസുഖിയും ദുഃഖിയും എല്ലാം ആയി അറിയുന്നിടത്തോളം കാലം ഇവിടെ അജ്ഞാനമുണ്ട് എന്തുകൊണ്ട് അങ്ങനെ തന്നെ അറിയുന്നതിന് കാരണം എന്തോ അതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ആ കാരണം തൻ്റെ പരമാർത്ഥമായ സ്വരൂപത്തെ അറിയാതിരിക്കുക അപ്പോൾ ഇവിടെ ഈ ജാഗ്രത്തിൽ തന്നെ തന്റെ പരമാർത്ഥമായ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ട് താൻ സുഖിയും ദുഃഖിയുമായെന്ന് അറിയുമ്പോൾ ഇവിടെ അജ്ഞാനത്തെ പറയാം പക്ഷേ താൻ തന്റെ പരമാർത്ഥ സ്വരൂപത്തെ കേവല അജ്ഞാനമാണ് എന്നറിയുമ്പോൾ പിന്നീട് ഇവിടെ അജ്ഞാനത്തെ കാണുണ്ട് എന്തുകൊണ്ട് ആ അറിവ് തന്നെ അജ്ഞാനത്തെ നിഷേധിക്കുന്നു അറിവിനെ അജ്ഞാനത്തെ നിഷേധിക്കാൻ കഴിയും പ്രകാശം തന്നെ ഇരളിനെ നിഷേധിക്കും മറ്റൊന്നിനും ഇരളിനെ നിഷേധിക്കാൻ കഴിയത്തില്ല അപ്പോൾ അവിടെ താൻ സുഖിയും ദുഃഖിയുമല്ല പിന്നെയോ സച്ചിദാനന്ദമാണ് ഇതാണ് അറിവ് അപ്പോൾ ഇവിടെ ഈ ജാഗ്രതത്തിൽ പിന്നെ അജ്ഞാനത്തിനൊരു നിലയുമില്ല എന്താണ് താൻ എന്നവൻ ബോധിച്ചു കഴിഞ്ഞു ആ ബോധത്തിലവൻ അജ്ഞാനത്തെയും അജ്ഞാനകാര്യങ്ങളായ ജനന മരണങ്ങളെയും ബന്ധമോക്ഷത്തെയും എല്ലാം നിരാകരിച്ചു ജ്ഞാനമുക്തി എന്ന് പറയും അവന് കൈവന്നിരിക്കുകയാണ് അവൻ തന്നെ അറിയുന്ന എന്തായിട്ടാണ് നിത്യമുക്ത സ്വരൂപമായിട്ടാണ് ഇതാണ് ജാഗ്രതത്തിൽ തന്നെ കുറിച്ച് ഒരുവൻ ബോധിക്കുന്നത് ജ്ഞാനിയുടെ ജ്ഞാനം ജാഗ്രതത്തിലാണ് ജ്ഞാനിയുടെ ജ്ഞാനം ജാഗ്രതത്തിൽ ഇതാണ് മുക്തിയെ വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ് ഇതിങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്വയംപ്രകാശമായിരിക്കുന്ന തന്റെ സ്വരൂപം കേവലം ജാഗ്രതത്തിലല്ല ഉള്ളത് അത് ഇത്ര കാലത്തിലും അബാധിതമായിരിക്കുന്നു മുമ്പ് പറഞ്ഞു പ്രസന്നമായി അബാധിതമായിരിക്കുന്നു ആ ചൈതന്യം എവിടെ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷക്തിയിലും ഇതാരെ കുറിച്ച് മനസ്സിലാക്കുന്നു തന്നെ കുറിച്ച് മനസ്സിലാക്കുന്നു ഇതാണ് അദ്വൈത ബോധത്തിന്റെ വഴി അതാണ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി തെരാശ്രമിക്കുന്നത് ഇപ്പം ജാഗ്രതന് ശരിയായി ഇനി സുഷൃത്തിയിലേക്ക് നോക്കുക സുഹൃത്തിയിലും എന്താണ് അവിടെ ഈ ബ്രഹ്മപ്രാപ്തി ബ്രഹ്മഗമനം എന്നത് എന്താണത് അതിപ്പറീ തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതാണ് അത് സ്വയം പ്രകാശ ചൈതന്യമാണ് സൃഷ്ടത്തി എന്നതാ സ്വയംപ്രകാശ ചൈതന്യമാണെങ്കിൽ അവിടെയും ചോദിക്കാൻ ഇതേ ചോദ്യം സുപ്രകാശി അവിദ്യ അവിടെ പിന്നെ എവിടെ അവിദ്യ ഇപ്പൊ സുഷുതിയിലും അതായിരിക്കാനേ പാടും കാരണം എന്തുകൊണ്ട് ഏതൊരു ഞാനാണോ ഈ ജാഗ്രത ഉണർന്നിരുന്ന ജാഗ്ര വ്യാപാരങ്ങൾ ചെയ്യുന്നത് ആ ഞാൻ തന്നെയാണ് അവിടെ ഈ ജാഗ്രത് ബോധശൂന്യനായി സുഷുപ്തനായിരുന്നത് ഇവിടെ ഞാൻ സ്വപ്രകാശ ചൈതന്യമാണെങ്കിൽ അവിടെയും ഞാൻ ആ സുപ്രകാശ ചൈതന്യമാണ് സ്വപ്രകാശത്തിൽ അവിദ്യയ്ക്ക് സ്ഥാനമില്ല അതുകൊണ്ടാണ് സുഷുപ്തിയിൽ അവിദ്യയില്ല എന്ന് പറയുന്നത് സുഷപ്തിയുടെ സ്വരൂപത്തെ താൻ ചൈതന്യമായി ്രഹിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ മാറി അത് ജാഗ്രതത്തിൽ മാറിയാൽ പിന്നെ അവിടെ ജാഗ്രത സ്വപ്ന സുഷുതി എന്നുള്ള ഭേദമൊന്നുമില്ല ഒരിടത്ത് മാറുന്നു ഒരിടത്ത് മാറുന്നില്ല അങ്ങനെയല്ല കാരണം ഈ ചൈതന്യ ഏകമാണ് അദ്ദേഹമാണ് അവിടെ അറിവില്ലായ്മയ്ക്ക് ഒരു സ്ഥാനമില്ല അജ്ഞാനത്തിനൊരു സ്ഥാനമില്ല അവിടെ പറയാൻ കഴിയുമോ സുഷുതിയിൽ അജ്ഞാനമുണ്ട് പറയില്ല ഈ തരത്തിൽ മനസ്സിലാക്കിയാൽ അത് പറയാൻ കഴിയത്തില്ല ജാഗ്രതത്തിൽ പോലും അതിന് നിലനിൽപ്പില്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് സുഷൃത്തിയില്ല സഹജമായി തന്നെയാ പ്രാണബന്ധനം സംഭവിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അജ്ഞാനം അങ്ങനെ ചിന്തിക്കുന്നവന് യാതൊരു സംശയമില്ല എന്താണോ ഏതൊരുവനാണോ ജാഗ്രത അജ്ഞാനമില്ലാത്തത് അവനൊരവസ്ഥയിലും അജ്ഞാനമില്ല സ്വപ്നമായാലും കൊള്ളാം സമാധിയായാലും കൊള്ളാം സുഷുതിയായാലും കൊള്ളാം ഏതൊരുവനാണോ ഈ ജാഗ്രതയിൽ അജ്ഞാനമുള്ളത് അവനെല്ലായിടത്തും അജ്ഞാനമുണ്ട് സമാധിയിൽ പോയാലേ ശരി അവന്റെ അജ്ഞാനം അതോടൊപ്പം കാണും ഇതാണ് അദ്വൈത ബോധത്തിന്റെ മഹിമ എന്ന് പറയുന്നതാണ് ഇത് അദ്വൈത ബോധം കൊണ്ടേ സംഭവിക്കത്തുള്ളൂ ഈ അദ്വൈത ബോധമില്ലാതെ സമാധി പോയാലും അജ്ഞാനത്തിനൊന്നും മുക്തി സംഭവിക്കത്തില്ല സാധാരണ ആൾക്കാർ പറയുന്ന വ്യത്യാസവും എന്താണോ സമാധിയും സുഹൃത്തിയും തമ്മിലുള്ള വ്യത്യാസം സുഹൃത്തിയിലേക്ക് പോയാൽ തിരിച്ചു വരുന്ന അജ്ഞാനത്തോടുകൂടി സമാധി പോയാൽ തിരിച്ചു വരുന്നത് ജ്ഞാനത്തോടു കൂടി ഇങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ ഇത് അദ്വൈതമല്ല എന്ന് ആദ്യം തിരിച്ചറിയും അദ്വൈതത്തിൽ എന്താണ് അജ്ഞാനനാശം ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നു എന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്താ ജ്ഞാനത്തിൽ അജ്ഞാനത്തിന് യാതൊരുസ്ഥാനമല്ല ആ അജ്ഞാനനാശം സംഭവിക്കുന്നത് കേവലം ജാഗ്രതല്ല ജാഗ്രത സ്വപ്ന സുഷൃക്തി സമാധി സർവത്ര അജ്ഞാനനാശമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വിദ്വാനെ സംബന്ധിച്ച് ആ സുഷുതി എന്ന് പറയുന്നതും ഒരഗ്നിഹോത്രമാണ് അങ്ങനെ കാണുന്നു വിദ്വാന്തിയുടെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു ജാഗ്രത തത്വത്തെ ഗ്രഹിച്ചത് കൊണ്ട് തന്നെ രണ്ടും രണ്ടായിട്ടല്ല രണ്ടും ഒന്നും തന്നെ അപ്പൊ ജാഗ്രതത്തിൽ അവിദ്യയില്ല സുഷുതില്ല ഇനി ആ വിദ്വാൻ മനസ്സിനെ നിരോധിച്ച് സമാധിയിലേക്ക് പോയി പോയെന്നിരിക്കേണ്ടതൊരു അഭ്യാസമാണ് ആർക്കും ചെയ്യാം വിദ്വാനും ചെയ്യാം സമാധി എന്ന് പറയുന്നത് വിദ്വാൻ അപ്രാപ്യമായ ഒന്നല്ല മനസ്സിന് ഏകാഗ്രമെന്ന് കഴിഞ്ഞാൽ മനസ്സ് സമാധി എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിച്ചു മനസ്സിന് ഈ ജീവനിൽ മൂർച്ഛ സുഷുക്തി ഇതെല്ലാം സംഭവിക്കാമെങ്കിൽ ഒരാൾക്ക് മനസ്സിനെ സ്വാധീനിച്ചത് സമാധിയിലേക്കും പോകാം പക്ഷേ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അവിടെയല്ല അജ്ഞാനനാശം സംഭവിക്കുന്നത് അത് അജ്ഞാനനാശം സംഭവിക്കുന്നത് എവിടെയാണോ ഏതൊരവസ്ഥയിലാണോ ഈ ജ്ഞാനം ഉണ്ടാകുന്നത് അവിടെ എവിടെയാണോ ഗുരുവും ശാസ്ത്രവും എല്ലാം നിലനിൽക്കുന്നത് അവിടെ അതുണ്ടാകത്തുള്ളു ഗുരുവും ശാസ്ത്രവും എല്ലാം നിലനിൽക്കുന്ന ഇവിടെ ഈ ജാഗ്രത്തിലാണ് അപ്പൊ ഇവിടെ തന്നെ സംഭവിക്കുന്നു ജ്ഞാനവും അജ്ഞാനനാശവും അങ്ങനെ സംഭവിച്ചവനെ സംബന്ധിച്ച് തനിൽ ഒരവസ്ഥയിലും തന്നെ അജ്ഞാനം നിലനിൽക്കുന്നില്ല അതുകൊണ്ട് പിന്നീട് ആജ്ഞാന നാശത്തിന് വേണ്ടി സമാധി പോകേണ്ട കാര്യമില്ല സുഷൃത്തി പോകേണ്ട കാര്യമില്ല കാരണം അവിടെ ഒരിടത്തും തന്നെ അജ്ഞാനം നിലനിൽപ്പില്ല നിലനിൽക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് സുഷൃത്തിയിൽ അജ്ഞാനമില്ല എന്ന് പറയുന്നു അത് പറയുന്നത് സ്വരൂപ ബോധത്തിന്റെ വെളിച്ചത്തിലാണ് അല്ല ഇനി ചിലടത്ത് പറയും എന്താണ് സുഹൃത്തിയിൽ അജ്ഞാനം ഉണ്ടെന്ന് പറയും അങ്ങനെ പറയുന്നതുകൊണ്ട് ദോഷമില്ല ദോഷമൊന്നു പറഞ്ഞു മറിച്ച് ഗുണമാണെന്നോത്താനും എങ്ങനെ ഇപ്പം ജാഗ്രതയിൽ അജ്ഞാനമുണ്ട് എന്ന് പറയുന്നോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ടെങ്കിൽ സുഷുത്തിയിൽ അജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും ആ ഗുണമുണ്ട് ജാഗ്രതയിൽ അജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഗുണം ഒരു ജീവൻ ആത്മാവന്ദ് അനാത്മാവന്ദ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ സാധാരണ മൃഗസമാനമായ ജീവിതം നയിക്കുന്നു അവന്റെ പൂർവ പുണ്യപരിഭാഗം കൊണ്ട് അവനെ ഒരു ഗുരു ബോധിപ്പിക്കുന്നു എന്താണ് നീ കരുതുന്നത് പോലെ നീ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനല്ല നീ ധരിക്കുന്നതുപോലെ നീ ശരീര അഭിമാനിയല്ല മറിച്ച് നിത്യവിശുദ്ധ മുക്തസ്വരൂപനാണ് ബോധിപ്പിക്കുന്നു ഉടൻ ചോദിക്കും അതാണെങ്കിൽ എനിക്കത് അനുഭവമില്ലല്ലോ ഞാനതാണെങ്കിൽ ഞാനത് അറിയേണ്ടതാണല്ലോ എന്താ എനിക്ക് സംഭവിച്ചിരിക്കുന്നു പറയുന്നു അത് നിന്റെ അറിവില്ലായ്മയാണ് അതിന് കാരണം എന്തു ചെയ്യുന്നു ഒരുവനെ ജാഗ്രതത്തിൽ അജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു അറിവില്ലായ്മ കൊണ്ടാണ് തനിക്കിത് സംഭവിച്ചതെങ്കിൽ അവനെന്ത് ചെയ്യുന്നു എന്നാൽ ഇനി എന്താ ഉപായം ഈ അറിവില്ലായ്മയെ പരിഹരിക്കുന്നത് അപ്പോൾ അറിവില്ലായ്മയെക്കുറിച്ച് ബോധം വന്നതുകൊണ്ടാണ് അവൻ അറിവില്ലായ്മയെ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമം തുടരുന്നത് അപ്പൊ അജ്ഞാനത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് ഫലമുണ്ട് ജാഗ്രത അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൻ അജ്ഞാനനാശത്തിനുവേണ്ടി ശ്രമിക്കും ഇതിലെങ്ങനെ തത്വത്തെ ശ്രവണം ചെയ്യും മനനനിധ്യാസനങ്ങൾ എങ്ങനെ അവന് സംഭവിക്കും അപ്പോ ജാഗ്ര അവന്റെ അജ്ഞാനത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവനിൽ അജ്ഞാനനാശത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് അത് അവനോട് പറയുന്നു അവസ്ഥകൾ ഇതൊക്കെയാണ് എന്തെങ്കിലും ഈ ജാഗ്രത സ്വപ്ന സുഷൃത്തി ഇതാണ് അവസ്ഥകൾ ഈ ജാഗ്രത നീ ബോധമുള്ളവനായിരുന്നിട്ടും ജാഗ്രതീ ബോധം ഈ ജീവന് ലഭിച്ചിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ബോധത്തെ ഉപയോഗിച്ച് ആ ബോധമില്ലായ്മയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അതിനാണ് ജാഗ്രതത്തിൽ ഈ ബോധത്തെ കൊടുത്തിരിക്കുന്നത് അതാണ് അതിന്റെ മുഖ്യമായ ഉപയോഗം അപ്പം ജാഗ്രതത്തിൽ നിനക്കിങ്ങനെ ഒരു ബോധം കിട്ടിയിട്ടും ആ ബോധത്തെ കൊണ്ട് ബോധമില്ലായ്മയെ മാറ്റാൻ നിനക്ക് കഴിയുന്നില്ല പിന്നെ നിന്റെ അനുഭവമാണ് സ്വപ്നം അവിടെയും അത് മാറുന്നില്ല നിന്റെ മറ്റൊരനുഭവമാണ് സുശക്തി അവിടെയും അത് മാറിയില്ല എന്ന് വെച്ചാൽ നീ അവസ്ഥയിൽ നിന്ന് അവസ്ഥാന്തരത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴും നിന്റെ ബോധമില്ലായ്മ മാറുന്നില്ല നീ ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്ന് സുഷക്തിയിലേക്കും വീണ്ടും ജാഗ്രതത്തിലേക്കും ഇങ്ങനെ സദാ സഞ്ചരിച്ചു കൊണ്ടിരുന്നിട്ടും നിന്റെ ബോധമില്ലായ്മ മാറുന്നില്ല അപ്പോൾ ആ ബോധമില്ലായ്മ അജ്ഞാനം എവിടെയൊക്കെയുണ്ട് ജാഗ്രത്തിലുമുണ്ട് സ്വപ്നത്തിലുമുണ്ട് സുഷൃത്തിയിലുമുണ്ട് അപ്പോൾ സുഷൃത്തിയിൽ അജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന എന്തെങ്കിലും ദോഷമുണ്ട് ഒരു ദോഷമുണ്ട് മറിച്ച് അത് പറയേണ്ടത് ആവശ്യവുമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ബോധമില്ലായ്മയെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഈ ബോധത്തെ ഉപയോഗിച്ച് ഈ ജാഗ്രത്തിൽ അനുഷ്ഠിക്കുകയുള്ളു ൃപ്തിയിൽ അജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടോ തകരാറുകളൊന്നുമില്ല ഇതിനു വേണ്ടിയിട്ട് വാദപ്രതിവാദം നടത്തുന്നതിന് അർത്ഥവുമില്ല ഈ തത്വത്തെ മനസ്സിലാക്കാത്തവരാണ് ഒരു കൂട്ടർ പറയുക അവിടെ അജ്ഞാനമുണ്ടോ അജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ സംബന്ധിച്ചു വേറെ കൂട്ടർ പറയുക അജ്ഞാനമില്ല അവിടെ അജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മുക്തനാകുന്നില്ല വെറും ബാലിസ്യമായ വാദങ്ങളാണ് തത്വബോധമില്ലാത്തവരുടെ തമ്മിലടിയാണത് രണ്ടു രീതി വിചാര രീതി അതിലിവിടെ ഇപ്പോൾ പറയുന്നത് ആദ്യം പറഞ്ഞെന്താണ് അവിടെ ബ്രഹ്മപ്രാപ്തിയാണ് ആ ബ്രഹ്മപ്രാപ്തിയിൽ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുമ്പോൾ ഈ ചോദ്യങ്ങൾ വരുന്നതിന് അതാണ് ഇപ്പം വിശദീകരിച്ച് ഞങ്ങളെ തിരിച്ചു വരുന്നു പ്രാപിച്ചു അപ്പ അതിന് പ്രസമാധാനമാണ് പറഞ്ഞത് ഇവിടെ ഈ ജാഗ്രത ബ്രഹ്മപ്രാപ്തികൻ എന്നിട്ട് ഇതല്ല എന്ത് എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു താൻ അജ്ഞനായും ജ്ഞാനിയായുമൊക്കെ എങ്ങനെയിരിക്കുന്നു രണ്ടും സംഭവിക്കുന്നില്ലേ ബ്രഹ്മപ്രാപ്തിയാണെങ്കിൽ പിന്നെ തനിക്ക് ജ്ഞാനിയാവേണ്ട ആവശ്യമുണ്ട് ഞാനിയാകുന്ന എന്തിനും ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി സ്വയം താനിവിടെ ഈ ജാഗ്രത ബ്രഹ്മപ്രാപ്തനാണ് കാരണം ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് എന്താണ് നിത്യപ്രാപ്തമാണ് അപ്രാപ്തപ്രാപ്തമല്ല പ്രാപ്തപ്രാപ്തമാണെന്ന് പറയും അതിനാണ് അദ്വൈതികൾ പറയുന്നത് വിസ്മൃത കണ്ഠ ചാമ്പതിക ന്യായം എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങളും പറയും കഴുത്തിക്കിടന്ന മാല മറന്നുപോയിട്ട് വീണ്ടും അന്വേഷിക്കുന്നു അതുപോലെ പ്രാപ്തമായ ബ്രഹ്മത്തെ പ്രാപിക്കാൻ വേണ്ടി യത്നിക്കുന്നു എന്നെല്ലാം പറയും പക്ഷെ ഇവിടെ ഇത് പ്രാപ്തമായിരുന്നിട്ടും ഇതെല്ലാം സംഭവിക്കുന്നു ഇതെന്തിനെ ആശ്രയിച്ച് സംഭവിക്കുന്നു പറയുന്ന ശരീരേന്തി മനസ്സുകളെ ആശ്രയിച്ച് സംഭവിക്കുന്നു പരമാർത്ഥത്തെ ആശ്രയിച്ചിട്ടല്ല ശരീരേന്തി മനസ്സുകളെ ആശ്രയിച്ച് അങ്ങനെയാണെങ്കിൽ സുഹൃത്തിയിലേക്കുള്ള പോക്ക് സൃഷ്ടിയിലേക്കുള്ള വരവ് എല്ലാം എന്തിനെ ആശ്രയിച്ച് സംഭവിക്കുന്നു ആ തത്വത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞാണ് ഇവിടെ എന്ത് സമാധാനമാണോ ജാഗ്രതെന്ത് സമാധാനമാണോ പറയുന്നത് ആ സമാധാനം തന്നെ സൃഷ്ടിക്കും എന്താണ് ശരീരം എതിരെ മനസ്സുകളെ ആശ്രയിച്ച് സംഭവിക്കുന്നു അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് എങ്ങനെ വിശദീകരിക്കുന്നു ആ ശരീരത്തിൽ പ്രാണന്മാർ ഉണർന്നിരിക്കുന്നു അതല്ല എവിടെയാണ് ഉണർന്നിരിക്കുന്നത് ഈ ശരീരത്തിലാണ് ആ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്നു അവിടെ ഉദാനൻ ആ ജീവനെ ഉദാനൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നു ആ ശരീരത്തിലാണ് ഉദാഹരണനെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നു ഇതെല്ലാം ശരീരദൃഷ്ഠിയിൽ വ്യാഖ്യാനിക്കുക വീണ്ടും ഉദാനൻ തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ ഈ പോക്കു വരവെല്ലാം എന്താണ് പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ കൊണ്ടാണ് പറയാൻ എന്താണ് അവിടെ അജ്ഞാനവും അജ്ഞാനകാര്യങ്ങളായ കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നു ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പറയുന്നതിലൊരു തെറ്റുമില്ല എങ്ങനെ ആ പോക്കു വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പക്ഷേ നിത്യ ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ചാണ് അവനിൽ പിന്നെ ബോധമില്ലായ്മയില്ല അതിൽ പിന്നെ ജാഗ്രസ്വപ്ന സുശൃത്തികളെന്നുള്ള ഭേദ ബോധമില്ല മൂന്നവസ്ഥകളില്ല അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏകമായ അവസ്ഥയുള്ള അവസ്ഥയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടു തരത്തില് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കും ഇവിടെ തുര്യം എന്ന് പറയുന്ന ഒരു വാക്കേ വന്നില്ല പക്ഷെ ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ബ്രഹ്മപ്രാപ്തി എവിടെ അവസാനിപ്പിക്കുന്നു സുഷൃതിയിൽ അതിനെപ്പറമ്പ് പോകുന്നില്ല പക്ഷെ മാണ്ഡുവയ്ക്കത്തിൽ അങ്ങനെയല്ല അവിടെ സുഷൃത്തി കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി പറഞ്ഞിട്ടാണ് ബ്രഹ്മപ്രാപ്തിയെ കുറിച്ച് പറയുന്നത് തുര്യനെ കുറിച്ച് അവിടെ പറയും പറയും ബീജനിദ്ര യുദ്ധപ്രാജ്ഞ അവിടെ സുഷൃത്തിയിൽ അവൻ ബീജനിദ്രയോടുകൂടിയിരിക്കുന്നു അപ്പൊ അത് മറ്റൊരു പ്രക്രിയയാണെന്ന് അവിടെ ഇത് പറയേണ്ട ആവശ്യമില്ല ഇവിടെ അതും പറയേണ്ട ആവശ്യമില്ല ഇവിടെ പറയുന്നത് സുഹൃത്തിയിൽ തന്നെ അതിനപ്പുറമില്ല അത് മുമ്പ് ഒരിടത്ത് പറഞ്ഞു എന്താണോ അതിനെ മറികടക്കുന്നില്ല അതാണ് നിരോധം എന്ന് പറഞ്ഞു അതിനപ്പുറം പോകാൻ കഴിയില്ല മുമ്പ് ഒരു മന്ത്രത്തിൽ അത് വന്നു സുഹൃത്തിക്ക് അപ്പുറം ഒരു ചിന്ത ഇവിടെയില്ല സ്വരൂപത്തെ അറിയണമോ അതുവരെ ചിന്തിച്ചാൽ മതി അതുവരെയുള്ള ബോധം മതി അതുകൊണ്ട് അവിടെ പറയുന്ന എന്താണത് ബ്രഹ്മാക്ഷരപ്രാപ്തിയാണ് എന്ന് പറയുന്നത് എന്താ ഇതില് അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വളരെ ലളിതമായും അനായാസമായും ആക്കാമെന്ന് ഗ്രഹിക്കാമെന്നുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിൽ രണ്ടു കൂട്ടർക്കുമാണ് വരുന്നത് തീരബോധമില്ലാത്തവർക്ക് മറ്റൊന്ന് അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ളവർക്ക് രണ്ട് കൂട്ടർക്കൊരു സംശയമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ് സുഷുത്തിയിൽ എന്ത് സംഭവിക്കുന്ന ശരീരത്തിൽ ഈ ശരീരത്തിൽ നാടികളുണ്ട് ഈ നാടികളിലൂടെ പ്രാണന്മാരെ സഞ്ചരിക്കുന്നു ഇവിടെ മുമ്പ് ഒരു സ്ഥലത്ത് വന്ന് എന്താണ് അവിടെ പുരീത്തത് എന്ന് പറയുന്നത് നാടിയുണ്ട് അതൊക്കെ ശരീരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ അതിന് പിന്നെ ശരീരത്തെ വിഭജിക്കുന്നു സ്ഥൂല സൂക്ഷ്മം എന്നൊക്കെ വിഭജിക്കുന്നു അപ്പോൾ ആ നാഡീ തലങ്ങളിലേക്ക് മനസ്സ് കടക്കുമ്പോൾ മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല മനസ്സ് പിന്നെ ബാഹ്യ ലോകത്തിൽ പ്രവർത്തിക്കുന്നില്ല ബാഹ്യബോധം ഉണ്ടാകുന്നില്ല അത് അങ്ങനെ പറയുന്നതിന് തെറ്റില്ല കാരണം ശരീരത്തിൻ്റെ തലത്തിൽ അതൊക്കെ സംഭവിക്കുന്നു പുരാണന്മാർ തന്നെ അത് അവർക്ക് സഞ്ചരിക്കേണ്ടുന്ന നാടികൾ സഞ്ചരിക്കുന്നു അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നു അതുകൊണ്ട് ശരീരം നിലനിർത്തുന്നു ശരീരം നിലനിന്നിട്ട് അത് വീണ്ടും ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും കിടക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചു ഈ ശരീര സംബന്ധിയായ കാര്യങ്ങളാണ് എപ്പോഴാണോ ശരീര സംബന്ധിയായി ഈ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്ന അപ്പം മരണം സംഭവിക്കുന്നു അതാണ് സുഷുതിയും മരണവും തമ്മിൽ വരുന്ന വ്യത്യാസം അപ്പോ തത്വ വ്യതിരിക്തമായി സുഷുതിയെ സംബന്ധിച്ച് എന്തെല്ലാം ചോദ്യങ്ങളുണ്ടോ അതിന്റെ എല്ലാ സമാധാനം ശരീര സംബന്ധിയായിട്ടാണ് തത്വത്തെ സംബന്ധിച്ചാണെങ്കിൽ അതിന് പിന്നെ സുഷൃതി ജാഗ്രസ്വപ്നമെന്നുള്ള വ്യത്യാസമല്ല എവിടെയായാലും സമാധാനം ഒന്നു തന്നെ അജ്ഞാനമുണ്ടോ ഉണ്ടെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ എല്ലായിടത്തും ഉണ്ട് അതിനെ ആശ്രയിച്ച് ഇതെല്ലാം സംഭവിക്കുന്നു അജ്ഞാനം എന്നൊരു കല്പന തന്നിലില്ലയോ അത് ഒരിടത്തുമില്ല ജാഗ്രത്തിലുമില്ല സ്വപ്നത്തിലുമില്ല സുഷൃത്തിയിലുമില്ല മറിച്ചുള്ള ചിന്തകളെല്ലാം സുഹൃത്തിയിൽ മാത്രം ഒരു അജ്ഞാനം ജാഗ്രത്തിലൊരു ജ്ഞാനം അങ്ങനെയെല്ലാം കൽപ്പിക്കുന്നത് വിദുഷ്ട്രോത്രമകാരഭ്യാവത് സോ സ്ഥിത്തോ തവഫല അനുഭവേവ നവിദുഷാമിവ അനർത്ഥ വി സ്ഥൂയെ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഉറങ്ങരുത് ഉണർന്നിരിക്കണം അല്ലേ ശരിയാണ് പഠിപ്പിക്കുന്നതിനു ചുറ്റൊന്നുമില്ല ഈ ജാഗ്ര വ്യവഹാരത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരി തന്നെയാണ് കടന്നുറങ്ങാതെ ഉണർന്നിരുന്ന് അധ്വാനിക്കുക ശരിയാണ് സുൽത്തിയിൽ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നുവെന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ പേരിൽ ളയാമെന്നാരും വിചാരിക്കുന്നു അത് പറയുന്നില്ല നിങ്ങൾ ഉറങ്ങി ബ്രഹ്മത്തെ പ്രാപിക്കുക എന്ന് പറയുന്നില്ല അതിവിടെ ഉപദേശിക്കുന്നില്ല മറിച്ച് ഉണരാണാ പറയുന്നത് ഉത്തിഷ്ഠത ജാഗ്രത മറിച്ച് പറയണെങ്കിൽ അത് സുഷുപ്തി വേദാന്തമായി അത് ചില ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ീ ആശയത്തെ തന്നെ എന്താണ് സുഷൃതിയിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നുള്ള ഈ തത്വത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിൽ തന്നെ വിഭ്രാന്തി വന്നിട്ട് രാപ്പകൾ ഉറങ്ങുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് നിങ്ങൾ എന്തിനാ ഉറങ്ങുന്നത് അത് ബ്രഹ്മപ്രാപ്തി അങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട് അതൊക്കെ എന്താണ് ഈ തത്വവിചാരത്തിൽ വരുന്ന അബദ്ധ സഞ്ചാരങ്ങളാണ് അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു ഇവിടെ എന്താണ് പറയുന്നത് വിദുഷ വിദ്വാനെ സംബന്ധിച്ച് പറയാം ബോധമുള്ളവനെ സംബന്ധിച്ച് തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധമുള്ളവനെ സംബന്ധിച്ച് ശ്രോത്രാദി ഉപരമകാല ആരഭ്യ ശ്രോത്രാദിപരമം ഇതോടെ ആരംഭിക്കുന്നുണ്ടല്ലോ ബാഹ്യബോധം നഷ്ടപ്പെടുന്നു ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ആദ്യം പെട്ടെന്ന് ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരാള് എന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന ഒരാള് ആദ്യം മുമ്പിലിരിക്കുന്ന എന്നെ കാണത്തില്ല എന്നുവെച്ചാ ഇന്ദ്രിയ വ്യാപാരം ചക്ഷിരേന്ദ്രിയ ആണല്ലോ മുഖ്യമായിരിക്കുന്നു സുഹൃത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം അതിന്റെ പ്രവർത്തനമാണ് തടസ്സപ്പെടുന്നത് അപ്പൊ കാഴ്ച പോകും പക്ഷെ ഉള്ളിൽ കുറേശോ കേട്ടോണ്ടിരിക്കും അപ്പം പറയും ഉള്ളിലൊരു ചെറിയ ബോധമുണ്ട് പക്ഷെ കാഴ്ചയൊന്നും കാണത്തില്ല കാരണം ഉറക്കത്തിലേക്ക് കിടക്കയാണ് അപ്പൊ ഇന്ദ്രിയ ഉപരമം എന്ന് പറയുന്നത് ഒന്നും കാണുന്നില്ല പക്ഷെ എന്തൊക്കെ കേൾക്കുന്നില്ല ഒന്നും വ്യക്തമാകത്തില്ല ഒരു ശബ്ദം മാത്രം ഉണർന്നിട്ട് എന്താണ് കേട്ടതെന്ന് ആലോചിച്ചാൽ പിടികിട്ടത്തില്ല അല്പം കഴിഞ്ഞാൽ അതും നഷ്ടപ്പെടും അതും നഷ്ടപ്പെടുമ്പോഴാണ് തലയിങ്ങനെ ആടിപ്പോകുന്നത് അത് ഉറക്കം സുശൃതി എന്ന് പറയുന്നത് ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള കാര്യമുണ്ട് ഓരോ പ്രവൃത്തികൾക്കും ഓരോ സ്ഥിതിയുണ്ട് ശരീരത്തിന്റെ നമ്മളാരും കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഭക്ഷണം കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ജോലിയല്ല ചെയ്തു കഴിഞ്ഞാൽ അതൊട്ട് ശരിയാകത്തല്ല അതുപോലെ ഉറക്കം ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ ഉടൻ കിടന്നേക്കിയോ പക്ഷേ അത് ക്ലാസ്സാണെന്നോ അവിടെയാണെന്നോ ഇവിടെയാണോ എന്ന് നോക്കരു അതാണ് അതിന്റെ മാന്യത അന്തസ്സതാണ് അതൊക്കെ ചരിഞ്ഞം കിടക്കുക ഉറക്കം തീരുമ്പോൾ എണീറ്റിരുന്ന് കേൾക്കുക ഞാൻ ഉണർത്തത്തില്ല അങ്ങനെ ഉറങ്ങുന്നവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുമല്ലോ അവർ മാന്യന്മാരാണെന്നേ ഞാൻ പറയും അത് ചെയ്യേണ്ട രീതി ആ പ്രവൃത്തി ചെയ്യേണ്ട രീതി ചെയ്യുന്നത് ആർജമാവണവരെന്നേ ഞാൻ പറയും മറിച്ച് ഇന്ദ്രിയ ഉപരമ സംഭവിക്കുമ്പോൾ ശരീരത്തിന് വ്യത്യാസങ്ങളും അവിടെ ഓരോ സുഷൃതിയിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് നേരത്തെ പറഞ്ഞ ജുഗമിഷുഹു സുഹൃത്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇങ്ങനെ ഈ ജാഗ്രത് വ്യാപാരത്തിൽ മനസ്സിന് വിമുഖത തോന്നുന്നു മനസ്സ് പറയുന്നു ആരുടെയും തകരാറില്ല മനസ്സിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല മനസ്സ് കരുതുന്നില്ല ഇതെനിക്കുള്ളതാണ് എനിക്ക് സ്വീകാര്യമായതാണ് അത് മനസ്സിരിക്കുന്നില്ല മനസ്സ് വിമുഖമാകുന്നു ഉദാഹരൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു പതുക്കെ മനസ്സിനെ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു ശരിക്കും ഒറിജിനൽ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകും അപ്പം ഇവിടത്തെ ഈ ബ്രഹ്മം കൊണ്ടെന്താ അതിന് പറയുന്നത് ബ്രഹ്മബോധം കൊണ്ടെന്താ അതിന് കാര്യം അത് നേരെ സാക്ഷാത് ബ്രഹ്മത്തിലേക്ക് പോവുകയാണ് ഇന്ദ്രിയോ സംഭവിക്കുന്നു അവിടം അതിൽ തുടങ്ങി ഇന്ദ്രിയോ ബ്രഹ്മ പിന്നെ ദൃഢമായ നിദ്രയിലേക്ക് പോകുന്നു യാതൊരു ബാഹ്യബോധമില്ലാതെ ചിലപ്പോൾ അതൊരു ക്ഷണികമായിരിക്കും അപ്പോൾ ഇത് സുഹൃത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ മനസ്സ് ഏകാഗ്രമാകുമ്പോഴും സംഭവിക്കുന്നുള്ളൂ സുഷൃത്തി പോലെ തന്നെ നമ്മൾ ഏകാഗ്രമായി പറയുകയോ അല്ലെങ്കിൽ പറയുന്ന ശ്രദ്ധിക്കുകയോ ചെയ്താൽ സാധാരണ സമയങ്ങളെപ്പോലെയുള്ള ബാഹ്യബോധം നമുക്ക് ഉണ്ടാകത്തില്ല സുപ്തിക്ക് സമാനമായ ഒരവസ്ഥയായിരിക്കും എന്നാൽ സുഷൃത്തിയല്ല സുഷ്ട്ട ആരംഭം പോലെ എന്തുകൊണ്ടും മനസ്സ് ഏകാഗ്രമാകുന്നു അങ്ങനെ ആ ഏകാഗ്രതയാണ് ഒരാളെ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലെത്തിക്കുന്നു മനസ്സിന്റെ നിരോധം അവിടെ സംഭവിക്കുന്നു ഇപ്പം അവിടെ സമാനതയുണ്ട് രണ്ടിനെ സൃഷ്ടിക്കും സുഷുപ്തി സഹജമായി സംഭവിക്കുന്നത് മറ്റത് കൃത്രിവുമായി ചെയ്യുന്നു സുഹൃത്തിയിൽ ആ ജീവഭാവം നഷ്ടപ്പെടുന്നു മറ്റിടത്ത് അത് നഷ്ടപ്പെടുന്നില്ല സുഹൃത്തിക്ക് വേണ്ടി ശ്രമം ആവശ്യമില്ല മറ്റതിനു വേണ്ടി ശ്രമം വളരെ ആവശ്യമാണ് സുഷൃപ്തി മനസ്സിന് പരിവർത്തനമൊന്നും ഉണ്ടാക്കുന്നില്ല സമാധി മനസ്സിന് അന്ധക്കരണത്തിന് പരിവർത്തനത്തിന് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ ആ സുഷൃത്തിയിൽ നിന്നിലേക്ക് പോയി യാവുപ്തോത്ഥിത ഭവതി പിന്നെ അവിടെ നിന്ന് ഉണർന്നു വരുന്നു സാധാരണ സുഹൃത്തിയെക്കുറിച്ച് പറയും എല്ലാവർക്കും ഉള്ള സുഹൃത്തിയെക്കുറിച്ച് പറയും അങ്ങോട്ട് കടന്നു പോയി തിരിച്ചു വരുന്നു അതുപോലെ ആയിരിക്കും ചിലപ്പോൾ പറയും അവ്യുക്തമായ ശബ്ദങ്ങൾ കേൾക്കും പുറമെ അങ്ങനെ അവ്യക്തമായ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ നേരെ അവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് പോകും സ്വപ്നമായി അനുഭവപ്പെടും അല്ലെങ്കിൽ ചിലപ്പോൾ അവ്യക്തമായ ശബ്ദങ്ങളെ തുടർന്ന് അതിനെ പിന്തുടർന്ന് ശ്രവണേന്ദ്രിയം ക്രമേണ ഉണർന്ന് ചക്ഷിണേന്ദ്രിയത്തെ ഉണർത്തി ജാഗ്രതത്തിലേക്ക് വരും കണ്ണുണരുമ്പോൾ കണ്ണ് തുറക്കുന്നു സുപ്തോസ്ഥിതോ ഭൗതി ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഉറക്കത്തിൽ നിന്ന് വരുന്നതിനും ഈ രണ്ടിന്ദ്രിയങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് ചക്ഷരേന്ദ്രിയത്തിനുമുണ്ട് ശ്രവണി ഇന്ദ്രിയത്തിനുമുണ്ട് നല്ല മിടുക്കന്മാർ കണ്ണ് തുറന്നു വെച്ചാൽ ഉറങ്ങിക്കളായി പക്ഷെ ചെവി അടച്ചു വെച്ച ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല അത് തുറന്നു തന്നെ ആയിരിക്കും പക്ഷെ ആ ഇന്ദ്രിയ പ്രവർത്തനം വ്യത്യസ്തമായ രീതിയിൽ സംഭവിക്കുന്നു ചിലപ്പോൾ ശ്രവണേന്ദ്രിയും മന്തി ഭവിച്ച് ചേന്ദ്രിയും മന്ദീഭവിച്ച് നിദ്രയിലേക്ക് പോകുന്നു തിരിച്ചു വരുമ്പോൾ സ്ഥാനഗതിരിച്ചു വരുമ്പോൾ ശ്രവണേന്ദ്രിയമാണ് ആദ്യം ജാഗ്രത ജാഗ്രതയിലേക്ക് വരുമ്പോൾ അറിയാതെ തന്നെ കണ്ണങ്ങ തുറന്നു പോകുന്നു അങ്ങനെ അപ്പോ പറയുന്നു സുപ്ത ഉത്ഥിതൻ സുപ്താ ഉത്ഥിത അവിടെ നിന്ന് ഉണർന്നവൻ താപത് ഇതിനുണ്ടാക്കി എന്താ സംഭവിക്കുന്നത് സർവയാഗഫല അനുഭവ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അതാണ് അത് സംബന്ധിച്ചിടത്തോളം ജാഗ്രതത്തിലോ അല്ലെങ്കിൽ സുഷൃത്തിയിലോ ഒരു ഭേദം കാണുന്നുണ്ട് എന്നാൽ കുറച്ച് സമയം ഉറങ്ങിക്കളയാം എന്ന് കരുതുന്നൊന്നല്ല എന്തുകൊണ്ട് ുഭവ അവിടെയും യാഗഫല അനുഭവം തന്നെ അവിടെയും ബ്രഹ്മപ്രാപ്തി തന്നെയാണ് പലരും ചോദിക്കാറുള്ള ചോദ്യങ്ങൾ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുമ്പോൾ അജ്ഞാനിയാവൂ കാരണം സൃഷ്ടിയിലജ്ഞാനമുണ്ട് സൃഷ്ടിയിൽ അജ്ഞാനം ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ ഈ ചോദ്യങ്ങൾ അങ്ങനെ ചില മിടുക്കന്മാരു അവരുടെ മിടുക്കൂട്ടി അർത്ഥം പറയും എന്താണ് ജാഗ്രതത്തിലിരുന്നുകൊണ്ട് അവര് അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് സുഹൃത്തിയിൽ തകരാറെന്ന് സംഭവിക്കുന്നില്ല പക്ഷെ അപ്പം വീണ്ടും ചോദ്യം വരെ സുഹൃത്തി അജ്ഞാനമാണെങ്കിൽ ജാഗ്രതയിലിരുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സുഹൃത്തിൽ അജ്ഞാനം പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ അങ്ങനെ ഉറങ്ങും അതൊരു വലിയ പ്രശ്നമാണ് അപ്പം അവർ പറയും എന്നാൽ ഉറങ്ങുന്നില്ല അങ്ങനെ പറയും പക്ഷെ നമ്മുടെ ഗുരു ഉറങ്ങുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങളുടെ ഗുരു ഞാനും എല്ലാ എന്റെ ഗുരു ഉറങ്ങാറേയില്ല നിങ്ങളുടെ ഗുരു ഇപ്പൊ എവിടെയാണ് ഊളമ്പാറയിലാണ് ഉറങ്ങാതിരുന്നാൽ പിന്നെ ഗുരുവിനെ അവിടെ കൊണ്ടിടേണ്ടി വരും ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ എഴുന്നള്ളേക്ക് ഏത് മണ്ടന്മാരെ പറഞ്ഞാലും കേൾക്കാൻ നമ്മൾ കുറച്ചാൾക്കാരുണ്ടല്ലോ കുഴപ്പമില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ് അതല്ല അദ്വൈത ബോധം എന്ന് പറയുന്നതിന് ഇതുമായിട്ടൊന്നും കാര്യമായ ബന്ധമൊന്നും വിദ്വാൻ എങ്ങനെ അറിയുന്നു സുഷുതിയെ ഇവിടെ പറയുന്നു സർവയാഗഫലാനുഭവം ആ യാഗഫലാനുഭവം സർവാനർത്ഥ ഉദാന സർവ്വതസമ്പളജി സർവ്വയാഗഫലാനുഭവം തന്നെയാണ് അവിടെ അപ്പൊ താനുറങ്ങിപ്പോകുന്നു താൻ ഉണർന്നിരിക്കുന്നു താൻ ഉറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ എന്ത് വിചാരിക്കുന്നത് അജ്ഞാനിയാണെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയെന്നുള്ള യാതൊരു വ്യാപലാതിയും ഞാനേക്കില്ല തത്വബോധമുള്ളവനല്ല അവിടെയും എന്താണ് സർവ്വയാഗലാ അനുഭവം തന്നെ എന്താണത് അവിടെയും തന്നെ സംബന്ധിച്ച് അതും എന്താണ് ബ്രഹ്മപ്രാപ്തി തന്നെയാണ് ഇതും ബ്രഹ്മപ്രാപ്തി തന്നെ എന്നുള്ള ബോധം പക്ഷെ അവിദ്വാനെ സംബന്ധിച്ച് സുഷുതി അനർഥമാണ് സുഷുതി അനർത്ഥമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവിദ്വാനെ സംബന്ധിച്ച് അതാണ് അവിദ്ഷാം ഇവ അനർത്ഥായ നവിദ്വാനെങ്ങനെയാണോ സുഷുതി അനർത്ഥത്തിനായിരിക്കുന്നത് അതുപോലല്ല അവിദ്വാൻ എങ്ങനെയാണ് സുഷുപ്തി അനർത്ഥമാകുന്നത് അവിദ്വാൻ കരുതുന്നത് സുഷുപ്തി എന്ന് പറഞ്ഞാൽ അവിടെ അജ്ഞാനമാണ് ഞാൻ അജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്നതാണ് എന്ന് കരുതുന്നവനാണ് അവിദ്വാൻ അവനെ സംബന്ധിച്ചിടത്തോളം അത് അനർത്ഥമാണ് അജ്ഞാനത്തിൽ മുഴുകിയിരിക്കുക എന്ന് പറയുന്നത് അതിനർത്ഥമാണ് അല്ലെങ്കിൽ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത ഉണർന്നിരിക്കുക എന്ന് ഇവിടെ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നത് സുഷു എന്ന് പറയുന്നത് നിദ്ര ആലസ്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് എന്ന് കരുതുമ്പോൾ എന്ന് കരുതുമ്പോഴും അത് അനർത്ഥമാണ് അപ്പൊ സുഷൃത്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നത് പോലെ ആരഹ ബ്രഹ്മസമ്പദ്ധ്യത ബ്രഹ്മപ്രാപ്തിയാണ് എന്നറിയുന്ന വിദ്വാൻ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം സുഷൃത്തി അനർഥമാണ് ഇനി ഈ തത്വത്തെ അറിയാതെ ഒരുവൻ ജാഗ്രത് വ്യാപാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് അലസതയെ ആശ്രയിച്ച് ഉറങ്ങുകയാണെങ്കിൽ അവനും ഇത് അനർത്ഥത്തിന് തന്നെ ഉപകരിക്കത്തുള്ളൂ അപ്പോൾ അത് അനർത്ഥമാണോ അല്ലയോ എന്നുള്ളത് വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു പ്രവർത്തിക്കേണ്ടവൻ അതിനർഹനായവൻ പ്രവർത്തിക്കാതിരുന്നത് അനർത്ഥം തന്നെയാണ് സുശ്രദ്ധ ഇവിടെ ആ വ്യവഹാരദൃഷ്ടിയിൽ പറയുകയല്ല അത് അനർത്ഥമാണോ അല്ലയോ എന്നുള്ളത് വ്യവഹാരദൃഷ്ടിയിലെന്താണ് അല്ല എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതും അനർത്ഥമാണ് മനസ്സിന്റെ സമാന തെറ്റിപ്പോകും യുക്തസ്വപ്നാവബോധസ് സ്വപ്നം അവിടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ സുഷുപ്തി എന്നാണ് യുക്തസ്വപ്നാവബോധം സ്വപ്നവും അവബോധവും അത് യുക്തമായിരിക്കണം അപ്പൊ സുഷുതി അനർത്ഥമെന്ന് പറയാൻ പറ്റൂ ശരിയായ രീതിയിൽ ഉറങ്ങുകയും ശരിയായ രീതിയിൽ ഉണരുകയും വേണ്ടേ അപ്പോൾ വ്യവഹാരത്തിൽ സുശൃത്തി അനർത്ഥമെന്ന് പറയുന്നത് ഇതാണ് അത് യുക്തമല്ലാതിരുന്നാൽ അത് അനർത്ഥമാവും പക്ഷെ ഇവിടെ ആ രീതിയിലുള്ള പറയുന്നത് തത്വദൃഷ്ടി തത്വദൃഷ്ടിയിൽ ഇത് അനർത്ഥവും അനർത്ഥമല്ലാതാകുന്ന എങ്ങനെ വിദ്വാനെ സംബന്ധിച്ച് സുശക്തി അനർത്ഥമല്ല അവിദ്വാനെ സംബന്ധിച്ച് അവൻ ഉറങ്ങിയാലും ശരി ഉണർന്നാലും ശരി എന്തായാലും ശരി അവനെ സംബന്ധിച്ച് സുശക്തി അനർത്ഥമാണ് എന്തുകൊണ്ട് അവൻ സുഷുതിയുടെ തത്വത്തെ വിഗ്രഹിച്ചിരിക്കുന്നില്ല എന്ന് കരുതി ഇവിടെ വിദ്വത്വ സ്തുയതേ ഇവിടെ ആ ജ്ഞാനത്തെ വിദ്വത്വ എന്ന് പറഞ്ഞ ഞാൻ ശരിയായ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ് എങ്ങനെയാണ് സ്തുതിക്കുന്നത് ഈ ജ്ഞാനം എത്ര സഹജമാണ് എത്ര സരളമാണ് എത്ര അനായാസമാണ് എത്രമാത്രം ഇത് വ്യക്തമാണ് എന്നാണ് തരത്തിൽ കാരണം ഇതിനു വേണ്ടിയിട്ട് വേറെ ഒരു അഭ്യാസത്തിന്റെ ആവശ്യം കേവലം ഈ ജാഗ്ര സ്വപ്ന സുഷുത്തി അവസ്ഥകളെ വിശകലനം ചെയ്ത ആർക്കും ഗ്രഹിക്കാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുകയാണ് ഞാനാദ് മുക്തി എന്ന് പറയുന്നത് എത്ര അനായാസമാണെന്ന് ഇവിടെ ബോധിപ്പിക്കുകയാണ് ഏതൊരു മുക്തിക്ക് വേണ്ടിയിട്ടാണോ മനുഷ്യൻ ഹിമാലയത്തിന്റെ കൊടുമുടിയിലെല്ലാം ചാടിപ്പിടിച്ച് കയറുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ എന്താണ് കേവലമായ താനെവിടെയിരിക്കുന്നു അവിടെയിരുന്നുണ്ട് തത്വവിചാരത്തിലൂടെ അതൊരാൾക്ക് സിദ്ധമാകുന്നു എന്നിങ്ങനെ ആ വിദ്വത്തെ ജ്ഞാനത്തെ ഇവിടെ സ്തുതിക്കുകയാണ് ജ്ഞാനത്തെ ആ സാരള്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് മാത്രമേയുള്ളൂ വേറെ ഒന്നിനും ഇല്ലാതെ ബാക്കിയുള്ളതെല്ലാം എന്താണ് വളരെ ക്ലിഷ്ഠമായ അനുഷ്ഠാനങ്ങളാണ് ഉപാസനകളും മറ്റു പദ്ധതികളുമെല്ലാം വളരെ ക്ലേശകരമായ അനുഷ്ഠാനങ്ങളും മറ്റും അതൊന്നും ആത്യന്തികമായ ഫലത്തിൽ എത്തിക്കെത്തുമില്ല അതിലൂടെ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ് നഹി വിദുഷ ഇവ ശ്രോത്രാദീനി സുപന്തി പ്രാണാഗ്നുവ ജതി ജാഗ്രസ്വപ്നോർ മനഃസ്വാതന്ത്ര്യം അനുഭവ അഹരഹ സുഷുപ്തം വ പ്രതിബദ്ധ്യത പറയുന്നു ഈ പറയുന്ന ഇത് സഹജമായി സംഭവിക്കുന്ന കാര്യം വിദ്വാനു വേണ്ടി മാത്രമല്ല ഞാനത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ വിദുഷ ഏവ സ്ത്രോത്രാധീനി സ്വപ്നത്തെ വിദ്വാന്റെ ഇന്ദ്രിയങ്ങൾ മാത്രം വിലയിക്കുന്നു പ്രാണാഗ്നയോ വ ജാഗ്രത പ്രാണൻ ഉണർന്നിരിക്കുന്നു ജാഗ്രത് സ്വപ്നയോഗോ മനഃസ്വാതന്ത്ര്യം അനുഭവ ആഹരഹ സുഷുപ്തം വാ പ്രതിബദ്ധ ജാഗ്രത് സ്വപ്നങ്ങളിൽ ഈ മനസ്സ് യഥേഷ്ടഞ്ചരിച്ചിട്ട് ആഹരഹ സുഷുപ്തിയിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഇതെല്ലാം കേവലം വിദ്വാനു വേണ്ടി പറയുന്നില്ല വിദ്വാനൊരവസ്ഥയാണെന്ന് പറയുകയല്ല സമാനം ഈ സർവ്വപ്രാണിനാം അത് എല്ലാ പ്രാണികൾക്കും ഒരുപോലെ തന്നെയാണ് സർവപ്രാണികൾക്കും ഇതൊരുപോലെ തന്നെയാണ് വിദ്വാന് വിശേഷിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നുമല്ല പരിയായണ ജാഗ്രത സ്വപ്ന സുഷൃക്തി ഗമനം മാറി മാറി ജാഗ്രസ്വപ്ന സുഷൃതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ എന്താണ് സുഷൃത്തിയിൽ ശ്രോത്രാദികൾ ഉറങ്ങിക്കിടക്കുന്നു പ്രാണൻ ഉണർന്നിരിക്കുന്നു ഇതെല്ലാം വിദ്വാൻ വേണ്ടി പറയുന്ന കാര്യമല്ല ഞാൻ ഈ സംഭവിക്കുന്ന കാര്യം എന്നുള്ള രീതിയിൽ പറയുന്നതല്ല അത വിദ്വത്വ സ്തുതിരേവുമത്യത അതുകൊണ്ട് പക്ഷെ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ് ഇത് എല്ലാവർക്കും ഇത് സമമാണെങ്കിലും ഇവിടെ പ്രാധാന്യം ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിനാണ് ജ്ഞാനത്തെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സർവ്വജീവന്മാർ അവന്റെ വിശേഷതയൊന്നുമില്ല ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ഒരാൾ ജ്ഞാനിയോ അജ്ഞാനിയോ ഒന്നും ആകുന്നില്ല പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ബോധം അറിവ് ജാഗ്രസ്വപ്ന സുഷൃത്തികളെ കുറിച്ചുള്ള സമ്യക് ബോധം അറിവ് അത് ഏതൊരുവൻ അവൻ മുക്തൻ അവൻ വിദ്വാൻ എന്ന് പറഞ്ഞു ആ ജ്ഞാനത്തെ വിദ്വത്ത എന്ന് പറഞ്ഞ ജ്ഞാനം അതിനെ സ്തുതിക്കാനാണ് ഈ ഭാഗം ഇതിനെ വിശദീകരിക്കുന്നത് വെച്ചാൽ ജ്ഞാനത്തെ എന്തിനെ സ്തുതിക്കുന്നു ഇതിൽ കരണീയമായിരിക്കുന്നത് ജ്ഞാനമാണ് ബാക്കി ഇതെല്ലാവരിലും ഒരുപോലെ സംഭവിക്കും ബ്രഹ്മം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വാഭാവികമായി തന്നെയിരിക്കുന്നു അതിലൊന്നും സംഭവിക്കുന്നില്ല അത് സംസാരവും സംഭവിക്കുന്നില്ല മുക്തി സംഭവിക്കുന്നില്ല അത് സർവപ്രാണികളെ സംബന്ധിച്ചും ഒരുപോലല്ല എന്താ ഇപ്പോഴും നമ്മളോട് പറയുന്നത് നിത്യ ശുദ്ധ ബുദ്ധ മുക്തോന്ന് എപ്പോഴും ഒന്നിനാ പറയുന്നു ശ്രോതാവിൽ ആ ബോധം പ്രകാശിക്കണം ഏതൊരു ശ്രോതാവിന്റെ അന്ധകരണത്തിലാണോ അത്തരം ബോധം പ്രകാശിക്കുന്നത് ബോധം ൊണ്ട് അവൻ മുക്തനായിരിക്കുന്നു ബ്രഹ്മവിത് ബ്രഹ്മേവഭവതി ആ ബോധമുള്ളവൻ എന്താണ് അവൻ ആ തത്വം തന്നെയാണ് എന്നുവെച്ചാൽ അവനാ ബോധത്തിൽ പ്രതിഷ്ഠിതനാകുന്നു എന്ന് പറഞ്ഞതാ ആ ബോധം അവനിൽ ഉള്ള അന്യഥാ ബോധങ്ങളെയെല്ലാം നിരാകരിക്കുന്നു അവനിൽ തത്ത്വബോധം മാത്രം അവശേഷിക്കുന്നു അവനെ സംബന്ധിച്ച് പിന്നീട് ബന്ധമോക്ഷ ഭേദമോ ഭേദമോ അങ്ങനെയുള്ള ഭേദങ്ങളൊന്നും നിലനിൽക്കുന്നു അത് ജ്ഞാനത്തിന്റെ മഹത്വം ആ ജ്ഞാനത്തിന്റെ മഹത്വത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത് അല്ലാതെ വിദ്വാൻ അവിദ്വാൻ എന്ന് പറഞ്ഞ രണ്ട് ഭേദത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ശ്രോതാവിൽ അത്ര ഒരു ബോധമുണ്ടാവും ആ ബോധത്തിൽ അവൻ സ്വയം ബോധിക്കുന്നു എന്നാണ് താൻ നിത്യമുക്തനാണ് അതിനപ്പുറം ആത്മവിദ്യ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചെയ്യാനോട്ട് അവശേഷിക്കുന്നുമില്ല മുക്തിക്ക് പിന്നെ ഒരു അപ്പുറമില്ല മറുവശമില്ല അപ്പോ ഇതുവരെ പറഞ്ഞതന്നെ അസുഷുതിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് സ്വപ്നത്തെ കുറിച്ച് സ്വപ്നത്തിനും ഈ തത്വത്തെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ശ്രോത്രാധികം പരേ ദേവേ മനസ് ഏകീഭൂതി പ്രാണാഗ്നേ ജാഗ്രതീത്ര ത്വം പദാർത്ഥ വിവേകുരു ഇതിനെ സാധാരണ സാങ്കേതികമായ ഭാഷ പറയുന്നു ത്പാർത്ഥ വിവേക എന്ന് പറഞ്ഞാൽ ശ്രുതി ശ്രോതാവിനെ അഭിമുഖീകരിച്ചു കൊണ്ട് പറയാണ് തും നീ നീ എന്ന് പറയുമ്പോ ശ്രോതാവ് എന്ത് ഞാൻ എന്ന് ഗ്രഹിക്കുന്നു നീ എന്നൊരാള് നമ്മളെ അഭിസംബോധന ചെയ്ത നമ്മൾ ഞാൻ എന്ന് ഗ്രഹിക്കുന്നു ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ കുറിച്ചുള്ള ചിന്ത വെച്ചാൽ അതിനാണ് പറയുന്നത് നമ്മൾ ആത്മനിഷ്ഠമായ ചിന്ത ബാഹ്യമായൊരു തത്വവും പഠിക്കുകയല്ല തന്നെ കുറിച്ച് തന്നെ ശ്രവിക്കുന്നു തന്നെ കുറിച്ചുള്ള ബോധം തന്നെ സംഭവിക്കുന്നു അതാണ് അപ്പോ തന്നെ കുറിച്ചുള്ള ബോധം തന്നെ സംഭവിക്കുമ്പോൾ അതിന് പറയുന്നതാണ് തും പദാർത്ഥ വിവേകം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ സുഹൃത്തിയോടെ ഇങ്ങനെ വിശദീകരിക്കുന്നത് അതാണല്ലോ തത്വമസി കൊണ്ട് സാധിക്കുന്നതാണ് അതിനുവേണ്ടിട്ടാണ് ഇവിടെ ഈ സുഹൃത്തി വിശദീകരിച്ചത് അതിനുവേണ്ടി തന്നെ അടുത്തത് സ്വപ്നത്തെയും വിശദീകരിക്കുന്നു I don't say it, it's uh.